സച്ചിദാനന്ദയ വിശ്വോത്പത്തേതവ താപത്രയ വിനാ ശ്രീകൃഷ്ണ വയം നമ കയ വാസുദേവാ പരമാത്മന പ്രണതക്ലേശനശാ ഗോവിന്യ നമോ നമ കൃഷ്ണ വാസുദേവാകീനന്ദന നന്ദഗോപകുമാരാ ഗോവിന്ദയ നമോ നമ നമ പങ്കജനാഭാ നമജമാലിനേ നമ പങ്കജ നേത്രം നമസ്തേ പങ്കജാംഗയേ ഒരു മീരാ കീർത്തനത്തില് ഭക്തമീരാ ഒരു പാട്ടിൽ പറയണു എനിക്ക് ജനവാസമൊന്നും വേണ്ട ഞാൻ ഏകാന്തത്തിൽ ഇരുന്നുകൊണ്ട് ഗീതാ ഭാഗവത് വാച്ചോ ഗീതയും ഭാഗവതവും തനിയായിരുന്നു വായിച്ചോളാം ഭാഗവതത്തിൽ എന്താ ഉള്ളത് സത്സംഗം നമുക്ക് അനേക മഹാത്മാക്കളെ ഭാഗവതത്തിൽ ദർശനം കിട്ടുന്നു ഭാഗവത ഗ്രന്ഥം പാരായണം ചെയ്യുമ്പോൾ തന്നെ അവരുടെ ദർശനമാണ് എന്തിനാ ഇപ്പൊ ഇവരൊക്കെ ഒരു ഒരു തത്വോപദേശം ചെയ്യണു എന്ന് വെച്ചാൽ അത് പറഞ്ഞാൽ പോലെ കൃഷ്ണൻ ഉദ്ധവർക്ക് പറഞ്ഞു ശ്രീസുഖബ്രഹ്മി പരീക്ഷത്തിനു പറഞ്ഞു എന്നൊരു സന്ദർഭം എന്തിനുണ്ടാക്കണോ എന്ന് വെച്ചാൽ ആ ഋഷികളെ നമുക്ക് ദർശനത്തില് കൊണ്ടുവരാനായിട്ടാണ് നമ്മുടെ ഭാവസാമ്രാജ്യത്തിൽ അത് കാണും ഓരോ മഹാത്മാക്കളുടെ പേര് പറയുമ്പോൾ അവരെ നമ്മൾ അനുഭവിക്കും ഒരേ കാര്യം വെറുതെ പറയുന്നതിന് പകരം ഋഷികളൊന്നും പുതിയതായിട്ടൊന്നും പറഞ്ഞില്ല എല്ലാ കാലത്തുള്ള ഒരേ തത്വം തന്നെ പക്ഷേ ആ തത്വം വ്യാസഭഗവാൻ പറഞ്ഞു ശ്രീശുഖൻ പറഞ്ഞു ശങ്കരാചാര്യർ പറഞ്ഞു രമണ മഹർഷി പറഞ്ഞു എന്ന് പറയുമ്പോൾ ആ പേര് പറയുമ്പോൾ തന്നെ ആ ഭാവം ഉള്ളിൽ വന്നു പൃഥു മഹാരാജാവ് ഭഗവാനെ തന്റെ മുമ്പിൽ കണ്ടപ്പോ പൃഥു മഹാരാജാവ് ചോദിച്ചു എനിക്ക് സത്സംഗം വേണം സത്സംഗത്തില് ചെവി കുളിരെ ഭഗവത്തത്വം കേൾക്കണം മഹത്തമാന്തർ ഹൃദയാ വിധത്സ്വകർണായുതമേഷമേവറ ഹൃദയത്തിൽ ചെല്ലണം കേൾക്കണത് ചിലതൊക്കെ കേട്ടുകഴിഞ്ഞാൽ ഈ ചെവിയിലൂടെ കേട്ടിട്ട് ഈ ചെവിയിലൂടെ പോകും ചിലത് കേട്ട് ഓർമ്മ വെച്ച് വായിലൂടെ പുറത്തേക്ക് വിടും അങ്ങനെയുണ്ട് ഒരു യക്ഷൻ ഒരു രാജാവിന്റെ സദസ്സിൽ വന്നിട്ട് മൂന്ന് അസ്ഥികൂടം കൊണ്ടുവന്നു അസ്ഥികൂടം എന്നാ തരിമാ എളുംബക്കൂട് സ്കൽട്ടം എന്നിട്ട് ഈ യക്ഷൻ രാജാവിനോട് പറഞ്ഞു ഞാൻ പല സദസ്സിലും ചെന്ന് ചോദിച്ചിട്ടുണ്ട് ആ ചോദ്യം ആവർത്തിക്കുകയാണ് ഇതിൽ ഉത്തമ മനുഷ്യൻ മധ്യമ മനുഷ്യൻ ആര് അധമ മനുഷ്യനാര് ശവമാണെങ്കിൽ പോലും പിന്നെയും ഒന്ന് ലക്ഷണമെങ്കിലും നോക്കാം ആ തോലും മാംസമൊക്കെ പോയാൽ എല്ലാവരേപോലെ ഉണ്ടാവും ഒരു ലക്ഷണത്തിലും വ്യത്യാസമല്ല എങ്ങനെ കണ്ടുപിടിക്കും അപ്പൊ ആ സാധു അവിടെ വന്നു അദ്ദേഹം പറഞ്ഞു ഈർക്കല് കൊണ്ടുവരാൻ പറഞ്ഞെ എന്നിട്ട് ഈർക്കല് ഒരു അസ്ഥി കൂടത്തിന്റെ ചെവിയിലൂടെ ഇട്ടപ്പോ കപാലത്തിലെ ചെവിയിലൂടെ ഇട്ടപ്പോ ഈ ചെവിയിലൂടെ പുറത്തേക്ക് വന്നു ഇതാണ് അധമ മനുഷ്യൻ രണ്ടാമത്തെ ചെവിയിലിട്ടപ്പോ വായിലൂടെ പുറത്തേക്ക് വന്നു മൂന്നാമത്തേന്റെ ചെവിയിലിട്ട് അപ്പൊ ഹൃദയ നേരെ ഉള്ളുപോയി എത്ര ഏർക്കല വളഞ്ഞിട്ട് ഉള്ളില് പോയി നമ്മൾ ശ്രവണം ചെയ്യുന്ന കാര്യങ്ങളും ഈ അസ്ഥി കൂടം പോലെയാണ് ചിലത് കേട്ട് കഴിഞ്ഞാൽ നമ്മള് അങ്ങനെ തീരുമാനിക്കുകയല്ല അത് അങ്ങനെ സ്വയമേവ് നടക്കും ചിലത് ഈ ചെവിയിലൂടെ കേട്ട് ഈ ചെവിയിലൂടെ പോകും ചിലത് വായിലൂടെ പുറത്തു വരും ചിലത് നേരെ ഹൃദയത്തിലേക്ക് പോകും അപ്പൊ സത്സംഗത്തിന് മഹാത്മാക്കൾ സ്വയം സ്വാനുഭവത്തിൽ ഉള്ള വസ്തു പറയുന്നത് കേൾക്കാൻ എനിക്കൊരു പതിനായിരം ചെവി തരൂ ചെവി കുളിര കേൾക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു പൃഥുവിനെ ഭഗവാൻ അനുഗ്രഹിച്ചു ആശീർവദിച്ചു അതിന്റെ ഫലമായി സനകൻ സനാ സനന്തൻ സനാതനൻ സനത്കുമാരൻ ഈ ബ്രഹ്മകുമാരന്മാരുടെ ദർശനം പൃഥു മഹാരാജാവിന് ജ്ഞാനയോഗ പ്രവർത്തകന്മാരായിട്ടുള്ള ജ്ഞാനയോഗ ആചാര്യന്മാരായിട്ടുള്ള ഈ ബ്രഹ്മകുമാരന്മാർ പൃഥ്വി മഹാരാജാവിന് ദർശനം കൊടുത്തു രാജാവിന്റെ അരമനയിൽ സത്സംഗം വീട്ടിൽ തന്നെ കിട്ടി രാജാവ് പറഞ്ഞു ഇതാണ് ഏറ്റവും വലിയ ധനം അധനാ അപിത്തെ ധന്യാ സാധവോ ഗൃഹമേദിന യുഹാ ഹി അർഹവ്യംബു തൃണഭൂമീശ്വരാവുമാവൈതേ അരിക്തി സമ്പദം യദ്ഗൃഹ തീർത്ഥപാദീയ പാദതീർത്ഥവിവർജിത അധന അപി തേ ധന്യാ അരകാശ കയ്യിലില്ലാത്ത ആളാണെങ്കിലും പരമദരിദ്രനാണെങ്കിലും ഏത് ഗൃഹത്തിൽ സാധുക്കളുടെ പാദസ്പർശം ഏറ്റിട്ടുണ്ടോ ഏത് ഗൃഹത്തില് മഹാത്മാക്കളുടെ സാന്നിധ്യം ഉണ്ടോ ആ ഗൃഹം തീർത്ഥൂതം അധനാ അപിത്തെ ധന്യാ സാധവോ ഗൃഹമേധിനാഹ നമ്മളെ പോലെ ഉള്ള ഗൃഹസ്ഥാശ്രമികൾക്ക് ഒരു ധന്യത എവിടെ ഉണ്ടാവണോ എന്ന് വെച്ചാൽ സർവസംഗ പരിത്യാഗികളായ മഹാത്മാക്കളെ കൊണ്ടുവരുന്നു അവർക്ക് എന്തെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം അവരുടെ വയറ്റിൽ പോയാൽ മതി ദിവസവും അന്നദാനം ചെയ്യ എന്ന് ചിലയിടത്ത് സമ്പ്രദായം ഈ അന്നദാനത്തിന്റെ പ്രയോജനം എന്താന്ന് വെച്ചാൽ ഒരിക്കൽ രമണ മഹർഷിയോട് ഒരു ഭക്തൻ ചോദിച്ചു തിരുവണ്ണാമലന്ന് സത്രമുണ്ട് അപ്പൊ സത്രത്തിലെ ആളുകൾക്കൊക്കെ ഭക്ഷണം കൊടുക്കും അപ്പൊ മഹർഷിയോട് ചോദിച്ചു നമ്മുടെ ഹിന്ദുമതം ഇങ്ങനെയല്ലേ നശിച്ചത് ബാക്കിയുള്ള മതത്തിലൊക്കെ ആസ്പത്രി കെട്ടുന്നു സ്കൂള് കെട്ടുന്നു എന്തൊക്കെയോ ചെയ്യുന്നു ഇത് എല്ലാവർക്കും ഫ്രീ ആയിട്ട് ചാപ്പാട് കൊടുക്ക അവർ ചാപ്പാട് കഴിച്ചിട്ട് കിടന്നുറങ്ങാം അപ്പൊ രമണ ഭഗവാൻ പറഞ്ഞു അതങ്ങനെയല്ലാതെ ഇത് തീർത്ഥക്ഷേത്രം ഈ തീർത്ഥക്ഷേത്രത്തിൽ ആരും അറിയാതെ എത്രയോ മഹാത്മാക്കൾ വരികയും പോവുകയും ചെയ്യുന്നുണ്ട് ഭഗവാന്റെ തന്നെ സ്വരൂപികളായ സിദ്ധന്മാർ ചിലപ്പോൾ ഇങ്ങോട്ട് വരും അവർക്ക് എപ്പോഴെങ്കിലും ഒരു അസാമാന്യമായ ഒരു വിശപ്പുണ്ടാവും ആ വിശപ്പിന് ആ വയറ്റിലേക്ക് ആ ജഡരത്തിലേക്ക് ഇവിടുന്ന് ഉള്ള ഈ ഭക്ഷണത്തിന്റെ ഒരു പിടി ഒരു പിടിയൊന്നും വേണ്ട ഒരു വെറ്റ വയറ്റിൽ പോയാൽ നിങ്ങൾ പറയണ ഈ സ്കൂളും ആസ്പത്രിയും തനിയെ നടന്നോളും ഇഷ്ടാപൂർത്തങ്ങളൊക്കെ തനിയെ നടന്നോളും സാധുക്കളെ ഗൃഹത്തിൽ കൊണ്ടുവന്ന് എല്ലാ ദോഷങ്ങൾക്കുള്ള പരിഹാരം ഇവിടെ വെച്ച് എനിക്ക് ധൈര്യമായിട്ട് പറയാം അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും സപ്താഹത്തിന് പറഞ്ഞാൽ അടുത്തുള്ളവരൊക്കെ വിളിച്ചോണ്ട് പോകും സാധു ഇവിടെ എല്ലാരും പുറത്തുനിന്ന് വന്നതുകൊണ്ട് ധൈര്യമായിട്ട് പറയാം ശ്ലോകത്തിലുള്ളത് പറയാം അല്ലെങ്കിൽ ഈ ശ്ലോകം പറയില്ല പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ഇതൊരു ടെക്നിക്കാണെന്ന് വിചാരിച്ച അന്ന് വൈകുന്നേരവും പിന്നെ നമുക്കിരിക്കാൻ പറ്റില്ല അധനാ അപിതേ ധന്യാ സാധവോ ഗൃഹമേധിനാ ഗൃഹത്തിലുള്ള എല്ലാവിധത്തിലും ഒരു ഗൃഹത്തിൽ ശാന്തി ഉണ്ടാവണമെങ്കിൽ നാമസങ്കീർത്തനം നടക്കണം ജപം നടക്കണം ഭഗവാനെ ഏതെങ്കിലും രൂപത്തിൽ ഗൃഹത്തിൽ വെച്ച് ആരാധിക്കണം ഭാഗവതം മുതലായ ഗ്രന്ഥങ്ങളെ പാരായണം ചെയ്യണം അങ്ങനെ വേണം ഗ്രഹശുദ്ധി വരുത്താൻ അല്ലാതെ മാർബിൾ ഒട്ടിച്ചതുകൊണ്ടോ പുതിയ രീതിയിൽ കൺസ്ട്രക്ഷൻ നടത്തിയതുകൊണ്ടോ വാസ്തു ഇപ്പൊ അതാണ് ഒരു ഭ്രാന്ത ആളുകൾക്ക് ആളുകളൊക്കെ വാസ്തുപുരുഷന്മാരായിട്ട് നടക്കണപ്പോ എന്തെങ്കിലും കുഴപ്പം വീട്ടിന് വന്നാൽ അത് വാസ്തുവിന്റെ കുഴപ്പമാണ് നമുക്ക് പൊളിച്ചു മാറ്റുക ഒരു ദ്വാരം ഉണ്ടാക്കുക അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കൊണ്ടൊരു സാധനം ചതുരത്തിൽ കൊണ്ടുവന്ന് ഒട്ടിക്കുക ഇതുകൊണ്ടൊക്കെ സമാധാനം വരുവാണെങ്കിൽ എത്ര എളുപ്പമായി സമാധാനം വരാൻ അതൊന്നും വഴിയില്ല നമ്മളുടെ ഹൃദയത്തിൽ സമാധാനം ഉണ്ടോ നമ്മൾ ഇരിക്കുന്ന സ്ഥലമൊക്കെ സമാധാനമാവും ഭക്തി ഹൃദയത്തിലുണ്ടോ ഭഗവാനെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കാം എന്നിട്ട് ഏത് നരകത്തിൽ പോയി ഇരിക്കുക ധർമ്മപുത്ര നരകത്തിൽ ചെന്നപ്പോൾ നരകത്തിലുള്ളവർക്കൊക്കെ ഒരു സമാധാനം സന്തോഷം ഉണ്ടായിരുന്നുണ്ട് അല്ലെ അപ്പൊ ഹൃദയത്തിൽ ഭക്തി ഉണ്ടെങ്കിൽ ശാന്തി ഉണ്ടെങ്കിൽ നമ്മൾ എവിടെ ചെന്നിരുന്നാലും ശാന്തി ഉണ്ടാവും സമാധാനം ഉണ്ടാവും ആ സ്ഥലവും ശുദ്ധമാവും തീർത്ഥീകുറുവീ തീർത്ഥാനി സ്വാതാഭൃത ഹൃദയത്തിൽ ഭഗവാനെ വെച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ എല്ലായിടവും ശുദ്ധമാവും ബോംബെയിലൊരിടത്തൊരു അമ്പലം കെട്ടി എങ്ങനെയാണ് അമ്പലം കിട്ടിയതെന്ന് വെച്ചാൽ അത് മുമ്പ് ഈ കുപ്പയൊക്കെ കൊണ്ടുപോയി ഇടുന്ന സ്ഥലമായിരുന്നു അവിടെ കൊണ്ടുപോയി ഗുരുവായൂരപ്പനെ കൊണ്ട് വെച്ചു കുറച്ചു അവിടെ അമ്പലം കിട്ടിയപ്പോ അവിടെ മുഴുവൻ ശുദ്ധമായി അവർ കണ്ടുപിടി കിട്ടിയ സ്ഥലം അതാണ് എവിടെ ഭഗവാനെ കൊണ്ടു ആ സ്ഥലം ശുദ്ധമാകും അല്ലാതെ സൂത്രപ്പണി ഒന്നുമില്ല ഇതൊക്കെ നമ്മളുടെ കൽപ്പനയാണ് ഏത് ഗൃഹത്തിൽ ഭഗവത് ഭക്തി ഉണ്ടോ ഭഗവത് ആരാധനയുണ്ടോ ആ ഗൃഹം തീർത്ഥം അല്ലെങ്കിലോ അരിക്താക്കില സമ്പദ എടുത്താ തീരാത്ത പണമുണ്ട് എന്നാണ് എടുത്താ തീരാത്ത പണമുണ്ട് മാളിക പോലെ വീട് വീട് കണ്ടാൽ ഇങ്ങനെ വേണം തോന്നും അതുപോലെ കേരളത്തിൽ ഒന്ന് ഈ തല മുതൽ ആ തല വരെ ഒന്ന് കാറിൽ പോയി നോക്കൂ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കൂ എന്താ ഓരോ വീടുകൾ കെട്ടിയിരിക്കുന്നത് അതിന് പേര് വയ്ക്കാനോ അത് ഒരു മാസം അവർ ഡിക്ഷണറിയൊക്കെ ചോദിച്ചപ്പോ സപ്താഹത്തിൻ്റെ ഇടയിലൊക്കെ ചില ആളുകൾ വരും ഞങ്ങൾ വീട് കെട്ടിയിട്ടുണ്ടെന്ന് പേര് എവിടെയെങ്കിലും ഭാഗവത് പേര് ആ വീടിന് പല വേഷങ്ങൾ പക്ഷേ അങ്ങനെയാണെങ്കിലും അവിടെ ഭക്തിയും നാമസങ്കീർത്തനവും സത്സംഗവും ഇല്ലെങ്കിൽ അതിന് ഇവിടെ പറയുന്നത് വ്യാഴാലയ ചില ഭരത്തിലൊക്കെ വലിയ പോടുണ്ടാവും കൈയിട്ടാൽ പാമ്പ് കടിക്കും വലിയ പോടുണ്ടാവും ആ പോഡില് പാമ്പിന്റെ പോട് പോലെ അപകടം പിടിച്ചതാണെന്നാണ് എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് കയറുമ്പോഴത്തേക്കും ശാന്തി ഉണ്ടാവില്ല സമാധാനം ഉണ്ടാവില്ല ഡിസ്റ്റർബൻസ് ഉണ്ടാവും പാകപ്പാട് മനസ്സിനൊരു അശാന്തി ഉണ്ടാവും ആ അശാന്തി എവിടെ നിന്ന് വന്നു വാസ്തു ഒന്നുമല്ല അവിടെയുള്ള ആളുകൾ പുറത്തുവിട്ടതാണത് മുഴുവൻ ആ വൈബ്രേഷൻ അത് കഴിഞ്ഞാൽ കുറെ കഴിയുമ്പോൾ നമ്മൾ ഇവിടെ പുറത്തുവിടുന്നതൊക്കെ അവിടെ ഇവിടെ കെട്ടി ഗൃഹത്തിൽ മുഴുവൻ കെട്ടി നിൽക്കുക അവിടെ അത് സമാധാനത്തോടെ ഒരാൾ ഉള്ളിൽ വന്നാൽ അയാൾ അതിനകത്ത് വരുമ്പോൾ ഡിസ്റ്റർബാവും അപ്പൊ പാമ്പിന്റെ പോട് പോലെ അപകടമാണെന്നാണ് ഭക്തി നാമസങ്കീർത്തനവും സത്സംഗവും നടക്കാത്ത സ്ഥലമാണെങ്കിൽ സാധുസംഘം ഇല്ലാത്ത സ്ഥലമാണെങ്കിൽ ഇത് പറയുന്നതാരാ പൃഥ്വി മഹാരാജ ശനത് കുമാർ മഹർഷിയെ കണ്ടപ്പോ പറയാണ് അതുകൊണ്ട് നിങ്ങളൊക്കെ എന്നെ അനുഗ്രഹിക്കാനായിട്ട് വന്നിരിക്കുന്നു നിങ്ങളോട് ഞാൻ എന്ത് ചോദിക്കും സാധുക്കളെ കണ്ടാൽ എന്ത് ചോദിക്കണം ജ്ഞാനികളെ കണ്ട് എന്ത് ചോദിക്കണം സുഖമാണോ സ്വാമി എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ അവരോട് അല്ലെ കുശലാ കുശലാ ഭവത്സു കുശലപ്രസ്നഹം ആത്മാരാമേഷ്യം കുശലാ കുശലന്ധി മതിവൃത്തയ ഇത് സുഖം ഇത് അസുഖം എന്നുള്ള ഭാവമേ അവർക്കില്ലാത്തതുകൊണ്ട് അവരോട് പോയി നിങ്ങൾക്ക് സുഖമാണോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് അവിടുന്ന് പൂർണ്ണപുരുഷനായിട്ട് എന്നെ അനുഗ്രഹിക്കാനായിട്ട് വന്നിരിക്കുന്നു അതുകൊണ്ട് എനിക്ക് ഭഗവത് തത്വം പറഞ്ഞു തരൂ ഭഗവത് വിഷയമായിട്ട് എന്തെങ്കിലും പറഞ്ഞു തരൂ എന്ത് കേട്ടാതാണോ എനിക്ക് ശാന്തി ഉണ്ടാവുക അങ്ങനെ എനിക്ക് ഉപദേശിക്കാം സനത് കുമാര മഹർഷിയും പൃഥ്വി മഹാരാജാവ് ചോദിച്ചപ്പോ സന്തോഷിച്ചുകൊണ്ട് പറഞ്ഞു അവിടുത്തേക്ക് അറിയാത്തതാണോ എന്നാലും ചോദിക്കുകയാണ് സാധുപൃഷ്ഠം മഹാരാജ സർവഭൂതഹിതാത്മനാ ഭവതാ വിദുഷാ ചാപി സാധൂനാം മതി ഈദൃശി സാധുക്കൾ ഇങ്ങനെയാണ് ഒരു സാധു ഒരു ഭക്തൻ മറ്റൊരു ഭക്തനെ കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഭഗവാനെക്കുറിച്ച് പറയൂ എന്നാണ് രാമകൃഷ്ണ പരമവംശ് ഉദാഹരണം പറയണത് ഈ കഞ്ചാവ് കുടിക്കുന്ന ആളുകൾക്ക് കഞ്ചാവ് കുടിക്കുന്ന ആളെ കണ്ടാമുള്ള ഒരു സുഹൃഷ്ടം പോലെ എന്നാണ് അതാണ് അദ്ദേഹം പറയണത് രണ്ടുപേരും ഒരു കൂട്ടെന്നാണ് തനീയ പോയിരിക്കും എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കും ഇവർ എന്താ പറയണതെന്നേ അറിയില്ല സംഗമഖലു സാധൂനാം ഉഭയേഷാം ച സമ്മത സാധുക്കൾ സാധുക്കളും കൂടെ കാണുമ്പോ രണ്ടുപേർക്കും വളരെ സുഖം സന്തോഷം യാഷണ സംപ്രശ്ന സർവേഷാം വിതനോതീശം അവർ രണ്ടുപേർ തമ്മിൽ സംവാദം ചെയ്യുന്നതും ഒരാൾ ചോദ്യം ചോദിക്കുന്നതും ഒരാൾ ഉത്തരം പറയണതും മാത്രമല്ല എല്ലാവർക്കും ലോകത്തിനു മുഴുവൻ അനുഗ്രഹമായിട്ട് തീർന്നു രാമകൃഷ്ണ വചനാമൃതം എന്നൊരു പുസ്തകമുണ്ട് ആ വചനാമൃതം എന്താന്ന് വെച്ചാൽ ഇതുപോലെ രാമകൃഷ്ണ പരമഹംസരുടെ പ്രസംഗങ്ങളൊന്നുമല്ല ദിവസവും രാമകൃഷ്ണ പരമവംസരുടെ മുമ്പിൽ ചെന്നിരുന്ന് ഭക്തന്മാരോട് അദ്ദേഹം പറയുന്നതും സാധാരണ കാര്യങ്ങളും തമാശ പറയണതും അതോടൊപ്പം ഭക്തിയും സദായി ഭഗവത് വിഷയമായിട്ടുള്ള കാര്യങ്ങൾ പറയണതൊക്കെ മാസ്റ്റർ മഹാശയ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യൻ ഡയറിയിൽ അന്നു ദിവസം രാത്രി കൊണ്ടുപോയി എഴുതി വെച്ചതാണ് വജ്രാമൃതം സഹജമായിട്ട് ഒന്നും നേരത്തെ കൂട്ടി തീരുമാനിച്ചതല്ല അതിനിടയിൽ തമാശ ഉണ്ടാവും ലോകവർത്തുമാനങ്ങളുണ്ടാവും ചിലപ്പോൾ കളിയാക്കലുണ്ടാവും പക്ഷെ അതിന്റെ ബേസിക് അണ്ടർ എല്ലാത്തിനും പുറകിൽ ശ്രുതി പോലെ ഭക്തി ഭഗവത്പ്രാപ്തി ജീവിതത്തിന് ലക്ഷ്യം ഭഗവത്പ്രാപ്തിയാണ് സാധന ചെയ്യണം ഭജന ചെയ്യണം കഥകൾ ഇതൊക്കെ അതിലൂടെ വരും പക്ഷേ അത് സഹജമാണ് ആ എഴുതി വെച്ചത് ഉഭയശാംജ സമ്മത സാധുക്കളുടെ ദൈനംദിന ജീവിതം എല്ലാവർക്കും ശാന്തിയും സുഖവും കൊടുക്കുന്നതാണ് ലോകത്തിന് മുഴുവൻ അനുഗ്രഹമായിട്ട് തീരുന്നു അതുകൊണ്ട് അങ്ങ് ചോദിക്കുന്നു ഞാനിതാ പറയാം സനത്കുമാര മഹർഷി പറഞ്ഞു ശാസ്ത്രങ്ങളുടെ മുഴുവൻ സാരം എന്താണെന്ന് വെച്ചാൽ താൻ അല്ലാത്തതിനെ മാറ്റി നിർത്ത താൻ എന്താണ് എന്നറിയാം ശാസ്ത്രേഷു ഇയാനേവ സുനിശ്ചിതോ നൃടം ക്ഷേമ വിമൃശേഷു ഹേതു അസംഗ ആത്മവ്യതിരിക്ത ആത്മനി ദൃഢാരതി ബ്രഹ്മണി നിർഗുണേചയാ നിർഗുണമായ ബ്രഹ്മത്തിൽ ദൃഢമായ രതി ഉണ്ടാവണം ആത്മാവല്ലാത്ത വസ്തുക്കളെ മാറ്റി നിർത്തുക താനല്ലാത്തതിനെ മാറ്റി നിർത്തിയാൽ താൻ എന്താണോ അത് സ്വയം പ്രകാശിക്കും ഇപ്പൊ എന്താ താനല്ലാത്തത് താനല്ലാത്തതിനെയൊക്കെ താനാണെന്ന് കരുതിയിരിക്കുക പേരെന്താണെന്ന് ചോദിച്ചാൽ പേര് അഡ്രസ് കുടുംബ പേര് അച്ഛന്റെ പേരും മുത്തശ്ശന്റെ പേര് പരമ്പരയുമൊക്കെ പറയും അതിലൊരു അഭിമാനം വരെ എന്റെ ശരീരത്തിലുള്ള അഭിമാനം എന്റെ മുത്തശ്ശന്റെ വലിയച്ഛന്റെ എല്ലാ പരമ്പരയിലും അഭിമാനം ചന്ദ്രശേഖര ഭാരതി സ്വാമികൾ അവർ കിട്ടുന്ന നമസ്കാരം സുമാൻഡ്യൂസ് സന്യാസികൾക്ക് നമസ്കാരം അഭിവാദയമസ്കാരം പറയുന്നവർ അപ്പ ഓ അവർ മുതല കേട്ടിട്ട് വിട്ടുട്ട അപ്പുറം അഞ്ചു നിമിഷത്തി അപ്പുറം അവർ ഏതോ കേക്കലയോ ഉണ്ട സന്തേഹത്തിൽ തൃപ്പി സ്വാമി നാ അപ്പയ ദീക്ഷിതർ ഫാമിലിയ പൊറുന്നവർ പൂനെ വന്ന് നിയോട് ഫാമിലിയ പൊറുന്ന മാതിരി എല്ലാവരും കൊച്ച നേരത്തേ ഇവർ തൃപ്പി തേ ചൊല്ലിക്കാർ അങ് എക്കണാലയെല്ലാം പാത്തു ഉോത്രം എന്നിഷ്ട ഗോത്രം ഉണ്ടോം എന്ന കശ്യപ ഗോത്രം ഉോത്രം എന്നോത്രം ഗോത്രങ്ങൾ എല്ലാമേ ഋഷികൾ നമ്മ ഇത് ഓരോരുത്തരും വിശ്വാമിത്ര ഗോത്രം വശിഷ്ട ഗോത്രം റഷ്യപ ഗോത്രം കൗശിക ഗോത്രം പഞ്ചാരിഷയ ഗോത്രം ഇന്ന ഓരോ എല്ലാ ഋഷികളും പരമ്പരയില വന്നവതാ നമുക്ക് എന്നോം അവഷികളാ അവ അടഞ്ഞ പരമ്പരയില വന്നു അഭിമാനിച്ചുകൊണ്ട് ഉനക്ക് എന്താ നീ എന്നടിച്ച് വന്നിരിക്ക അപ്പയദീക്ഷിതർ ഫാമിലിനോട് തലേ ക്രോപ്പ് നോക്കാൻ ഷർട്ടോട് വന്ന് അപ്പയ്യാദീക്ഷിതർ ഫാമിലി മാറി തട്ടിക്കരുന്ന് പറ ശരീരത്തിലുള്ള അഭിമാനമാണ് അച്ഛൻ അമ്മായി ബന്ധു ഈ കുടുംബം പരമ്പര സദാ ശരീരമാണ് ഞാൻ എന്നുള്ള ഭാവന രൂഢമായിരിക്കാം ശാസ്ത്രങ്ങളുടെ മുഴുവൻ സാരമാണ് ശനൽകുമാറിനവിടെ പറയണത് ഇത്രയേ ഉള്ളൂന്ന് പറയുന്നു ശാസ്ത്രേഷു ഇയാണേവ് സുനിശ്ചിതോന്നിടാം ശാസ്ത്രങ്ങൾ മുഴുവൻ ഇതാണ് സാരം എന്ന് സുനിശ്ചയം ചെയ്തിരിക്കുന്നു എന്തിനു എന്തിനു വേണ്ടിയിട്ട് ആ ക്ഷേമ വിമൃശേഷു ഹേതുഹു ഒരാൾക്ക് ആത്യന്തികമായ ക്ഷേമം വേണമെങ്കിൽ ഈ കാര്യം നല്ലവണ്ണം അറിഞ്ഞോളണം എന്താ അറിയേണ്ടത് അസംഘ ആത്മവ്യതിരിക്ത വസ്തുഷു ആത്മാവല്ലാത്ത വസ്തുക്കളിൽ അസംഘം ദൃഢാരതിഹി ബ്രഹ്മനിർഗുണേതയാ ദൃഢമായ രതി നിർഗുണമായ ബ്രഹ്മത്തിൽ ഏർപ്പെടണം സ്വരൂപത്തിൽ ഏർപ്പെടണം അതെങ്ങനെ വരും സാ ശ്രദ്ധയാ ശ്രദ്ധ എന്നൊരു ഗുണം വേണം ശ്രദ്ധ എന്ന് വെച്ചാൽ മനസ്സുകൊണ്ടാണ് നമ്മൾ ലോകത്തിലുള്ള വസ്തുക്കളെയൊക്കെ ഗ്രഹിക്കുന്നത് പക്ഷെ ഭഗവത്വം മനസ്സുകൊണ്ട് ഗ്രഹിക്കാൻ പറ്റില്ല ഈ ശ്രദ്ധ എന്നുള്ളത് ഹൃദയത്തിന്റെ പ്രവൃത്തി കൊണ്ട് ഏർപ്പെടുന്നതാണ് ഈ പ്ലെയിനൊക്കെ റൺവേയിലോടും പ്ലെയിന് നമ്മൾ കണ്ടാൽ ചക്രം ഉണ്ടാവും അതിന് ചിറകുണ്ടാവും ഒരു പക്ഷിയെ പോലെ വിങ്സോ ഉണ്ടാവും അപ്പൊ നമ്മൾ കണ്ടാൽ എന്ത് വിചാരിക്കും ഇതാണ് വണ്ടി ഇതിലും ഇപ്പോൾ നിലത്തോടാനാണെന്ന് തോന്നും പ്ലെയിനെ കണ്ടിട്ടില്ലാത്ത ആൾക്ക് അത് ചക്രം കൊണ്ട് റൺവേയിൽ ഓടും പക്ഷെ ഈ ചക്രമോ വിങ്സോ ഈ ചോട്ടിലോടാൻ വേണ്ടി മാത്രമാണ് കുറച്ച് അതിനൊരു ടേക്ക് ഓഫിന് ഒരു ബലം കിട്ടാൻ പ്ലെയിനിൽ നമ്മൾ ഉള്ളിലിരുന്നാൽ നല്ലവണ്ണം വ്യത്യാസം അറിയാം ആദ്യം ഇങ്ങനെ നിലത്ത് ഓടിക്കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ വേറെ ഒരു യന്ത്രം പ്രവർത്തിക്കുന്നത് കാണാം നമുക്ക് ആ യന്ത്രം പ്രവർത്തിച്ചു കഴിയുമ്പോഴാണ് പതുക്കെ പതുക്കെ പതുക്കെ ഇത് പൊന്തുക മുകളിലേക്ക് അപ്പൊ ഈ ചക്രവൊക്കെ ഉള്ളിലേക്ക് വലിക്കും പിന്നെ വിങ്സ് ഒന്നും വേണ്ട ആവശ്യമില്ല ബാലൻസിങ് മാത്രമാണ് അതേപോലെ നമ്മളുടെ മനസ്സും ബുദ്ധിയും ഒക്കെ തന്നെ ഈ ശാസ്ത്രങ്ങൾ പഠിക്കുന്നതും അറിയുന്നതും ചിന്തിക്കുന്നതും എല്ലാം ഈ റൺവേയിൽ ഓടുന്ന പോലെയാണ് ശ്രദ്ധ എന്നുള്ളത് ഉള്ളിൽ ഒതിച്ചാൽ ഹൃദയം പ്രവർത്തിച്ചു തുടങ്ങിയാൽ ഇത് അപ്പോഴാണ് ടേക്ക് ഓഫ് മേലോട്ട് പോണത് മേലെ പോണത് അപ്പോഴാണ് അത് മുകളിലേക്ക് പറന്ന് തുടങ്ങിയാൽ പിന്നെ മനസ്സും ബുദ്ധിയും കേവലം വ്യവഹാര സൗകര്യത്തിന് മാത്രം ആ ശ്രദ്ധ ഹൃദയത്തിനുണ്ടായാൽ ഈ ആത്മതത്വം ഞാൻ ആരാണ് എന്ന് ഓരോരുത്തരും ചിന്തിച്ചു തുടങ്ങും ശ്രദ്ധ വേറെ ബുദ്ധി വേറെ ബുദ്ധി അസാമാന്യ ബുദ്ധിശക്തി ഉണ്ടാവാം ആ ബുദ്ധിശക്തി വെച്ചുകൊണ്ടാണ് നമ്മളുടെ സയൻസ് ഇത്രയധികം പുരോഗമിച്ചിരിക്കുന്നത് എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചു എന്തൊക്കെ കണ്ടുപിടിച്ചു എല്ലാത്തിനും പുറകിലും ചോദ്യവും ഉത്തരവും ചോദിച്ചു ഉത്തരം കണ്ടുപിടിച്ചു വലിയ വലിയ വലിയ കണ്ടുപിടുത്തങ്ങളായി കഴിഞ്ഞു നമുക്ക് ഒരു വർഷം മുമ്പ് ഊഹിക്കാൻ പോലും കഴിയാത്തത്ര പുരോഗമിച്ചിരിക്കും പക്ഷെ അത് ശ്രദ്ധയല്ല അത് ബുദ്ധിയാണ് ബുദ്ധി ബഹിർമുഖമാണ് ബുദ്ധി താനൊഴിച്ചുള്ള വസ്തുക്കളെക്കുറിച്ചൊക്കെ സംശയിക്കുകയും ഉത്തരം കണ്ടുപിടിക്കുകയും ചെയ്യും ശ്രദ്ധ താനൊഴിച്ചുള്ള വസ്തുക്കളെയൊക്കെ മാറ്റി നിർത്തി തന്നെക്കുറിച്ച് സംശയിക്കുകയും കണ്ടുപിടിക്കുകയും ചെയ്യും അതാണ് ശ്രദ്ധയ്ക്കും ബുദ്ധിക്കും തമ്മിലുള്ള വ്യത്യാസം ശ്രദ്ധ എന്ത് ചെയ്യണു അതുകൊണ്ടാണ് ഭഗവാൻ ബുദ്ധ്യാമാം അഭിജാനാതി എന്ന് പറഞ്ഞില്ല ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം ഭക്ത്യാമാം അഭിജാനാതി ഭക്തിയും ശ്രദ്ധയുമൊക്കെ ഒന്നാണ് ശ്രദ്ധാവാൻ ലഭതെ ജ്ഞാനം ശ്രദ്ധ കൊണ്ട് ജ്ഞാനമുണ്ടാകും ശ്രദ്ധ ഉണ്ടാവും ശ്രദ്ധ എങ്ങനെ ഉണ്ടാവും ശ്രദ്ധ ഉണ്ടാവണമെങ്കിൽ ഭഗവത് ധർമ്മചര്യ തപസ് വേണമെന്നാണ് തപസ് എന്താണ് ഭക്തി തന്നെ തപസ് നമ്മൾ ഗുരുവായൂരപ്പനെ ആരാധിക്കണം നിഷ്ഠയോട് ആരാധിക്കണമെങ്കിൽ അത് തന്നെ തപസ് ഭഗവത് ധർമ്മചര്യ ശ്രുതി ഉപനിഷത്ത് പറയുമ്പോൾ ശ്രദ്ധയ്ക്ക് തപസ് കാരണം തപസ്സാ ശ്രദ്ധ തപസ്സുകൊണ്ട് ശ്രദ്ധ ഉണ്ടാവുന്നു ശ്രദ്ധയാ മേധാ മേധയാ മനീഷാ മനീഷയാ മനഃ മനസാശാന്തി ശാന്യാ ചിത്തം ചിത്തേന സ്മൃതി സ്മൃത്യാ വിജ്ഞാനം വിജ്ഞാനേന ആത്മാനം വേദയതി തപസ്സുകൊണ്ട് ശ്രദ്ധയുണ്ടാവുന്നു ശ്രദ്ധ കൊണ്ട് പതുക്കെ പതുക്കെ പടിപ്പടിയായി ഉയർന്ന് ആത്മാനം വേദയത്തി തപസ് എന്താണ് ഭഗവാനെ ആരാധിക്കുന്നത് തന്നെ തപസ് നാമജപം ചെയ്യുന്നു തപസ്സാണ് സങ്കീർത്തനം ചെയ്യുന്നു തപസ്സ അത് ആർക്ക് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടിയില്ല മറ്റുള്ളവർക്ക് ചെയ്ത തപസാവലിയ തനിക്ക് വേണ്ടി ഭഗവത് ഭക്തി ചെയ്യുമ്പോ അത് തപസ് തപസാ ശ്രദ്ധ ശ്രദ്ധ ഉണ്ടാവും ഭഗവത് ധർമ്മചര്യയാ ജിജ്ഞാസയാ അധ്യാത്മിക യോഗനിഷ്ഠയാ യോഗേശ്വരന്മാരായിട്ടുള്ളവരെ സമീപിച്ച് അധ്യാത്മതത്വം ചോദിച്ചു മനസ്സിലാക്കി പതുക്കെ പതുക്കെ വിചാരം ചെയ്യണം ഈ ശരീരം ഞാനല്ല ശരീരത്തിന് എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളൊക്കെ വന്നുകൊണ്ടേ ഇരിക്കും പതുക്കെ ശരീരം വേറെ ഞാൻ വേറെ എന്നുള്ള ഭാവത്തിനെ വളർത്തി പ്രബലമായ തലത്തിലേക്ക് കൊണ്ടുവരണം എത്ര കണ്ട് നമുക്ക് ഈ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഒരു അറിവിൽ പുരോഗമിക്കാൻ കഴിയുമോ അത്ര കണ്ട് നമുക്ക് ജീവിത പ്രശ്നങ്ങളൊക്കെ കുറഞ്ഞു കിട്ടാം എല്ലാ പ്രശ്നങ്ങൾക്കും മൂലകാരണം ഈ ദേഹമാണ് ദേഹത്തിൽ നിന്ന് എത്ര കണ്ട് വിട്ടു നിൽക്കാൻ പറ്റുമോ വിവേകാനന്ദ സ്വാമികൾ ഒരിക്കൽ പറഞ്ഞു ആ തല നമുക്ക് എത്താൻ പറ്റുമോ എന്നറിയില്ല എന്നാലും ആദർശം നമ്മൾ മുമ്പിൽ കാണുന്നതാണ് വിവേകാനന്ദ സ്വാമികൾ ഒരിക്കൽ പറഞ്ഞു അദ്ദേഹം പരിവരാജകനായി നടക്കുമ്പോൾ ഋഷികേസിലെ ഗംഗയുടെ ഇക്കരയ്ക്ക് അവർ കുറെ സന്യാസികളിരിക്കുന്നു അത്രയും അപ്പൊ കുറച്ച് കാട് ആ കാട്ടില് ഒരു സാധു ഇരുന്ന് ശിവോഹം ശിവോഹം എന്ന് ജപിച്ചുകൊണ്ടിരിക്കും അവർ നേരിട്ട് കണ്ട കാര്യമാണ് സ്വാമി ഇത് കംപ്ലീറ്റ് വർട്സ്ആപ്പ് സ്വാമി വിവേകാനന്ദിലുണ്ട് സ്വാമി രാമതീർത്ഥൻ ഈ ഇൻസിഡന്റിനെ എടുത്ത് ഉദ്ധരിക്കുന്നുണ്ട് ശിവോഹം ശിവോഹം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം ഭാവത്തോടെ അതൊരു ധ്യാന ധ്യാനത്തില് അപ്പൊ ആ കാട്ടുന്നൊരു പുലി വന്നിട്ട് അന്നൊക്കെ ഋഷികേശ് അങ്ങനെ ആയിരുന്നു കാടായിരുന്നു കുറച്ചു വർഷം മുമ്പ് വരെ ഇപ്പോഴൊക്കെ വലിയ ടൗൺ ആയിക്കഴിഞ്ഞു ഒരു പുലി ഈ സന്യാസിയെ ആക്രമിച്ച് കടിച്ചു വലിച്ചുകൊണ്ടുപോവുക അപ്പൊ വിവേകാനന്ദ സ്വാമികൾ പറയുന്നു രണ്ട് കാല് നെഞ്ചിൽ വെച്ച് കടിച്ചു വലിക്കുമ്പോഴും ആ വായിൽ നിന്നും ശിവോഹം ശിവോഹം ഞാൻ ഈ ദേഹമല്ല എന്നുള്ള ഉറപ്പോടെ വന്നുകൊണ്ടിരുന്നു അത്ര പ്രസംഗത്തിൽ ഇപ്പൊ എ സി റൂമിലൊക്കെ ഇരുന്നിട്ട് അങ്ങനെ ശിവോഹം പറയാനൊക്കെ എടുത്താണ് എ സി ഹാളിൽ ഇരുന്ന് സുഖമായിട്ട് ശിവോഹം ബ്രഹ്മമാണ് എന്നൊക്കെ പറയാം പുലി കടിച്ചു വലിക്കുമ്പോ ശരീരത്തിനെ ഈ ദേഹം ഞാനല്ല എന്നുവെച്ചാൽ അത്രയ്ക്ക് ആഴത്തിൽ നമുക്ക് ധ്യാനം ഉണ്ടെങ്കിൽ നമുക്ക് ശരീരത്തിന് വ്യാധിയോ വിഷമങ്ങളോ ഒന്നും വന്നാൽ നമ്മളെ ബാധിക്കില്ല അല്ലെങ്കിൽ നമ്മളെ ബാധിക്കും നമുക്ക് നമ്മളുടെ സ്ഥിതി നമ്മൾ തന്നെ ഇപ്പൊ ആലോചിച്ച് നോക്കിയാൽ അറിയാം കുറച്ച് വേർത്ത് കഴിഞ്ഞാൽ ഇരിക്കാൻ വയ്യ നമുക്ക് ശ്വാസം മുട്ടണം വിഷമിക്കണം ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ വന്നാൽ വിഷമം ഉണ്ടായാൽ നമ്മളുടെ ആ വഴിക്ക് നടക്കും ബാക്ക് ഡോറ് വഴി പോകും സമയത്തിന് ആഹാരം കിട്ടിയിട്ടില്ലെങ്കിൽ വേദാന്തമൊക്കെ ബാക്ക്ഡോർ വഴി പോവും ഒരു പാഠശാലയിൽ ഒരു ശാസ്ത്രീകൾ വേദാന്തം പഠിപ്പിക്കാൻ വരും അപ്പൊ അദ്ദേഹത്തിന് ഒരുപാട് ശിരോമണിയാണ് പട്ടമൊക്കെ കിട്ടിയിട്ടുണ്ട് കയ്യിൽ മൂന്നോ നാല് പേരെല്ലാം മോതിരമുണ്ട് കഴുത്തിൽ അദ്ദേഹത്തിന് കിട്ടിയതൊക്കെ ഇട്ടുകൊണ്ടാണ് കുട്ടികളെ പഠിപ്പിക്കാൻ വരിക ഈ ബ്രഹ്മചാരികൾക്ക് ബ്രഹ്മസൂത്രം പറഞ്ഞു കൊടുക്കും ബ്രഹ്മസത്യം ജഗൻ അങ്ങനെ പറയും അപ്പൊ ഈ കുട്ടികൾ കൂറുമ്പോ കുട്ടികളാണ് ബ്രഹ്മചാരി ചേഷ്ടാ എന്ന് പറയുമല്ലോ കുട്ടിയുടെ അതെ അതെ ജഗത്വക്കം വിദ്യ ശാസ്ത്രികളുടെ കയ്യിലുള്ള മോതിരം സത്യം അത് സത്യമാണ് ജഗത്വക്ക വിദ്യ ഈ ഭാവം ദേഹം ഞാനല്ല എന്നുള്ളത് വെറും ഒരു സിദ്ധാന്ത തലത്തിൽ മനസ്സിലാക്കുന്നത് പോലും ശ്രേഷ്ഠമാണ് പക്ഷേ സിദ്ധാന്ത തലത്തിൽ മനസ്സിലാക്കിയത് സ്വാനുഭവ തലത്തിൽ വരാൻ തുടർന്നുള്ള മനനോ പ്രത്യേകിച്ച് നമുക്ക് ജീവിതത്തിൽ വിഷമം വരുമ്പോൾ ഇത് മാക്സിമം പ്രയോഗിക്കണം അവിടെ വിഷമങ്ങൾ വരുമ്പോ അപ്പോഴാണ് നമുക്കറിയാം അതാണ് പരീക്ഷത്ത് വരണത് മുമ്പ് ഞാൻ ഈ വേദാന്തമൊക്കെ കേട്ടിട്ടുണ്ട് പരീക്ഷിച്ച് പറയണത് അതാണ് എത്രയോ പ്രാവശ്യം കേട്ടിരിക്കണോ ഇപ്പൊ ഇതാ ഏഴാമത്തെ ദിവസം തക്ഷകൻ കടിക്കുമെന്ന് അറിഞ്ഞപ്പോ ഇത് പരീക്ഷിക്കാൻ ഭഗവാൻ എനിക്കൊരു അവസരം കൊണ്ടുവന്ന് തന്നിരിക്കണം വിവർഷിതൗ ഹേതയാ പുരസ്താദ് മുമ്പ് തന്നെ ഇതൊക്കെ തള്ളിക്കളയേണ്ടതാണെന്നും അനിത്യമാണെന്നും ഒക്കെ വിമർശനം ചെയ്ത് വെച്ചതാണ് പക്ഷെ ഇപ്പൊ ഇതാ ഭഗവാൻ എനിക്കൊരു അവസരം ഉണ്ടാക്കിയിരിക്കുന്നു ഇപ്പൊ ഞാൻ തോറ്റുപോയാൽ തോറ്റു പരാജയമായി അപ്പോ ശ്രദ്ധ അധ്യാത്മവേദാന്ത ശ്രവണം ഒക്കെ നമുക്ക് പ്രയോജനപ്പെടുന്നത് പതുക്കെ പതുക്കെ ദേഹം ഞാനല്ല പിന്നെ ഞാൻ എന്താണ് ഞാൻ ആരാണ് ഞാൻ എന്നുള്ളതിന്റെ സ്വരൂപം എന്താണ് ബാക്കിയൊക്കെ ഞാൻ അറിയണമല്ലോ എന്നെ അറിഞ്ഞില്ലല്ലോ പൂന്താനം പറയണ പോലെ തന്നെ അറിയാതെ കഴിച്ചു ബാക്കിയൊക്കെ അറിയണം തന്നെ അറിയണില്ല തന്റെ യഥാർത്ഥ സ്വരൂപം എന്താണെന്ന് അറിഞ്ഞിട്ടില്ലെങ്കിൽ ദുഃഖം നമ്മളെ വിട്ടുപോവുകയില്ല തന്നെ അറിഞ്ഞാലോ ദുഃഖം തനിക്കല്ല എന്ന് മനസ്സിലാവും ദുഃഖമൊക്കെ ഉണ്ടാവും പക്ഷെ ദുഃഖം തന്നെ ബാധിക്കണില്ല ദുഃഖ സംയോഗ വിയോഗം യോഗ സംജിതം ദുഃഖത്തിനോടുള്ള സംയോഗം വിട്ടുപോകും ദുഃഖമൊക്കെ ഉണ്ടാവണം ആർക്കാ ദുഃഖം ശരീരത്തിന് ഈ ശരീരം ഞാനല്ല ശരീരം ഞാനാണെങ്കിൽ നമുക്ക് സ്വാതന്ത്ര്യമേ ഇല്ല സ്വതന്ത്രരാവാനേ പറ്റില്ല എങ്ങനെ സ്വതന്ത്രരാവാൻ പറ്റും എന്തൊക്കെ തന്നെ അറിഞ്ഞാലും ദേഹത്തിനോട് ഒട്ടി നിൽക്കുന്നിടത്തോളം വിഷമമുണ്ട് എത്ര പറഞ്ഞാലും ദേഹം വിഷമിപ്പിക്കും അപ്പൊ ദേഹത്തിന് വിഷമം വരുമ്പോ പതുക്കെ പതുക്കെ ഈ പിൻവാങ്ങൽ ഈ പിൻവാങ്ങലാണ് പ്രത്യാഹാരം എന്ന് പറയുന്നത് ശരീരത്തിൽ നിന്നും മനസ്സിൽ നിന്നുമൊക്കെ സ്വരൂപത്തിലേക്കുള്ള പിൻവാങ്ങലാണ് പ്രത്യാഹാരം സ്വരൂപത്തിൽ ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവ സ്വരൂപത്തിൽ മനസ്സിനെ അല്പമൽപ്പമായി നിർത്തുന്നതാണ് ധാരണ ഞാൻ ഞാൻ എന്നുള്ള അനുഭവത്തിനെ വിടാതെ ആ അനുഭവം സദാ സംഗീതത്തിൽ രാഗം താളമൊക്കെ മാറി വരുമ്പോഴും മാറാത്ത ശ്രുതി പോലെ അനുഭവത്തിൽ നിർത്തുന്നത് ധ്യാനം ആ അനുഭവത്തിൽ ശരീരവും മനസ്സും ഒന്നും വാസ്തവമല്ല എന്നും ആ കേവലാനുഭവസ്വരൂപനായ ആ ഭഗവാൻ മാത്രം സത്യം എന്നുള്ള നിരന്തര അനുഭവം സമാധി അത് നിർവികൽപ്പമാവുമ്പോ രണ്ടാമതൊന്നും ഉണ്ടാവില്ല സംശയം ബാധിക്കില്ല അതിനെ വിപരീത അതിനെ തടസ്സം ചെയ്യില്ല അജ്ഞാനം അതിനെ തടസ്സം ചെയ്യില്ല അത് ആത്മനിഷ്ഠ അങ്ങനെ ദൃഢമായി വിവി ഏകാന്ത ദേശത്തിൽ ഇരുന്നുകൊണ്ട് മനസ്സിന് ഏതിലെങ്കിലും അല്പമൊരു വ്യാപാരം വേണമെങ്കിൽ മനസ്സിന് ഭഗവാന്റെ ദിവ്യരൂപം ആയിക്കോട്ടെ വ്യാപാര ഭൂമി ഒരു മനസ്സഹാമമാ ആ ദിവ്യരൂപം നമ്മുടെ മനസ്സിന് വ്യാപാര ഭൂമിയായിട്ട് തീരട്ടെ അതിൽ വ്യാപരിക്കട്ടെ മനസ്സ് കുറച്ചു നേരം അതല്ലാതെ മറ്റൊരു വസ്തുവിലും വിടാതെ पदक पदक पद यति नैष्ठिकी आचार्य जीवकोशं पंजात्मक योनि अग्नि तनि तनिड़े भस्मानव अग्नियर्मवास क्षयपनुमर महर्षि पृथ्वी महाराजाव ബ്രഹ്മവിദ്യയെ ഉപദേശിച്ചു സനത്കുമാരൻ പോയ ശേഷം മൃഥു മഹാരാജാവ് തനിക്ക് വാർദ്ധക്യമായി എന്ന് കണ്ടവോ സച്ചംഗം ഒക്കെ അപ്പോഴാണ് പ്രയോജനപ്പെടണം നമുക്ക് വാർദ്ധക്യം ആവുമ്പോൾ പ്രത്യേകിച്ച് പ്രയോജനപ്പെടണം വാർദ്ധക്യത്തില് കേൾക്കാന്ന് വെച്ചാൽ നടക്കില്ല ചെറുപ്പകാലം മുതൽ ഇതിന്റെ സംസ്കാരം ഉണ്ടെങ്കിൽ വയസ്സാവുമ്പോൾ പഴുത്ത് പഴുത്ത് പഴുത്ത് പഴുത്ത് വരും എന്താണെന്ന് വെച്ചാൽ ചെറുപ്പത്തിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ ഇതൊന്നും നമുക്ക് പ്രായോഗികമായി അനുഭവിക്കാൻ പലപ്പോഴും സാധിക്കില്ല ശരീരത്തിന് നല്ല ആരോഗ്യമുണ്ട് മറ്റ് പല കാര്യങ്ങളുണ്ട് ഉത്സാഹമുണ്ട് അപ്പൊ ഇതിൻ്റെ ആവശ്യം വരില്ല പക്ഷേ ഇത് ഉള്ളിൽ വെച്ചുകൊണ്ട് ജീവിക്കുമോറും നമുക്ക് കാണാം എത്ര കണ്ട് ഇത് നമുക്ക് ബലം തരണു ഇതിനെ കൂടാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല ഈ ജ്ഞാനത്തിന്റെ ബലമില്ലാതെ ജീവിക്കാൻ ഒക്കില്ലാതെ നമ്മൾ കാണും അപ്പൊ വാർദ്ധക്യ ദശയാവുമ്പോൾ ഇത് നമുക്ക് പരിപൂർണ്ണ പക്വതയ്ക്ക് വഴിയായിട്ട് തീരും ഇപ്പൊ പൃഥ്വി മഹാരാജാവ് സനക്കുമാര നിന്നും കേട്ടു സനത്കുമാരോ ഭഗവാൻ യദാഹ ആധ്യാത്മികം പരം യോഗം പുരുഷം അഭജത് പുരുഷർഷ സനത്കുമാരൻ ഉപദേശിച്ചു കൊടുത്ത ആ യോഗത്തിനെ അഭ്യസിച്ചുകൊണ്ട് പൃഥു ഭഗവാനെ ഭജനം ചെയ്തു ഏകാന്തത്തിൽ ഇതിന് ആരാധന ചെയ്തു അങ്ങനെ ആരാധന ചെയ്തപ്പോ പൃഥുവിന് എന്തോണ്ടായി ഭഗവത് ധർമ്മിണ സാധോ ശ്രദ്ധയാതാ ഭക്തിർ ഭഗവതി ബ്രഹ്മണി അനന്യവിഷയാ അഭവത് ഭക്തിസാധന ചെയ്യ എന്താ ഭക്തിസാധന നമുക്ക് ഇഷ്ടമായ മൂർത്തിയെ വച്ച് പൂജ ചെയ്യുന്നു ഭഗവാനെ ആരാധന ചെയ്യുന്നു ശങ്കരാചാര്യസ്വാമികൾ ശിവാനന്ദ ലഹരിയിൽ ഒരു സമ്പൂർണ്ണ ഭക്തിസാധന പറയുന്നുണ്ട് ശിവനെ ആരാധിക്കുന്നു എങ്ങനെ ആരാധിക്കുന്നു എന്ന് വെച്ചാൽ പ്രഭാതം മുതൽ രാത്രി വരെ ഭഗവാന ഭഗവത് ആരാധന അത് ഫലരീതിൽ കച്ചിത് കാ മുമഹേശവത പാദാരവിന്ദർ കിധ്യാന സമാതി നദി കിത് കഥാകർണനൈ കച്ചിത് കിിത്വേക്ഷണൈശ് നുതി കിം ഈദൃശീം യു പ്രോതി മുദർപ്പതമന ജീവൻ സമുക്ധലു ആര് ഈ പറഞ്ഞ രീതിയിൽ ജീവിക്കുന്നു ആ ജീവൻ അയാൾ ജീവൻ മുക്തനാണെന്നാണ് എങ്ങനെയാണ് ജീവിക്കണമെന്ന് വെച്ചാൽ കഞ്ചിത്കാലം ഉമാമഹേഷത പാതാറവിന്ദനൈ പ്രഭാതത്തിൽ എഴുന്നേറ്റ് വന്നുകൊണ്ടേ ഭഗവാൻ ആദ്യമായിട്ടുള്ള പണി എന്താ എഴുന്നേറ്റിരുന്ന സ്ഥലത്തൊരു ഭഗവത് സ്മരണം റാതസ്മരണം പിന്നെ എഴുന്നേറ്റ് വന്നാൽ കുളിച്ചു വന്ന് ഭഗവാന് നമുക്ക് ഒരു വീട്ടിൽ തന്നെ ഒരു പൂജ വെച്ചിട്ടുണ്ടെങ്കിൽ തുറന്നൊരു സുപ്രഭാതം ഭഗവാനൊരു സുപ്രഭാതം ഒരു ആരതി പുഷ്പങ്ങളൊക്കെ പറച്ചുകൊണ്ടുവരുന്നു ഭഗവാൻ അഭിഷേകം ചെയ്യുന്നു കഞ്ചിത്കാല മുമാമഹേശ ഭവത പാദാരവിന്ദനെയും അർച്ചന ചെയ്തു അച്ഛനയും പൂജയും ഒക്കെ കഴിഞ്ഞ് ധ്യാന ഭഗവാന്റെ ആ ദിവ്യരൂപത്തിന് തന്നെ ഹൃദയത്തിൽ വെച്ചുകൊണ്ട് ധ്യാനിക്കണം കുറേ ധ്യാനിച്ചു കഴിയുമ്പോൾ ഞാൻ ധ്യാനിക്കുന്നു എന്നുള്ള ഭാവവും പോയി ധ്യാന സമാധി സമാധിസ്ഥിതിയിലിരിക്കുന്നു സർവവും മറന്ന ശരീരത്തിനെ തന്നെ മറന്ന സമാധിസ്ഥിതിയിലിരിക്കുന്നു ധ്യാന സമാധിപിഷ് സമാധി വിട്ടുണർന്നാലോ കുറെ നമസ്കാരം ഒരു നിത്യ നമസ്കാരം കുറേ നമസ്കാരം ഭഗവാൻ ശരീരം കൊണ്ട് നമസ്കാരം ചെയ്തു അതും കഴിഞ്ഞ് ഉണർന്നാലോ അവിടെ എവിടെ അമ്പലങ്ങളുണ്ടെങ്കിൽ അമ്പലത്തിൽ ചെന്ന് പ്രദക്ഷിണം ചെയ്യാം ഭഗവാനെ അവിടെ കണ്ട് വന്ദിച്ചിട്ട് വരാം പിന്നീടുള്ള സമയത്തിലോ ഭാഗവതം വായിക്കാം ഗീത ഭഗവത്ഗീത വായിക്കുക ഗീത ദിവസം കുറച്ച് കുറച്ച് ഗീതാപാദനം ചെയ്യാം ഭഗവത്ഗീതാ തീർത്ഥം കുടിക്കാം അതും കഴിഞ്ഞ് സത്സംഗം ഉണ്ടെങ്കിൽ കഥാകർണനെ ഈ ഭഗവത് കഥകളെ കേൾക്കാം ഭഗവാനെ പലവിധ സ്തുതികൾ കൊണ്ട് സ്തുതിക്കാം ഇങ്ങനെ രാ പ്രഭാതം മുതൽ രാത്രി കിടക്കുന്ന വരെയുള്ള സമയം സർവസമയവും പലവിധത്തിൽ ഒരു മാർഗത്തിലല്ലാതെ പല മാർഗത്തിലും ചെയ്യുന്ന ഭക്തൻ ജീവൻ സമുക്ത इन भगवदर्मचर्य इंगे भगवत्धर्म अष्ठिक अुष्ठ पृथ्वहाराजावर विषय चित भगवान अनन्षयामति अभवत् आ भक्ति फल्लोक नलवण श्रद्धिकुद्ध सत्स्य आत्मन तदनु संस्मरणानुपूर्त्या ജ്ഞാനം വിരക്തിമത് അഭൂ നിഷിതേനയേന ചിച്ഛേദ സംശയപദം നിജജീവകോശം ഭക്തി പക്വപ്പെട പക്വമായി തസ്യനയാ ഭഗവത പരികർമ്മശുദ്ധ ഇരുപത്തി മൂന്നാമത്തെ അധ്യായം പതിനൊന്നാമത്തെ ശ്ലോകം ഈ അനയാ ഭക്യാ ഈ ഭക്തി കൊണ്ട് പരികർമ്മശുദ്ധ സത്വാത്മന ഭഗവത് ഭക്തി കൊണ്ട് ചിത്തം നല്ല വണ്ണം ശുദ്ധമായി ചിത്തത്തിൽ സത്വഗുണം ഉണ്ടായാൽ മാത്രമേ ജ്ഞാനം ഉണ്ടാവുള്ളൂ സത്വാത് സഞ്ചായത്തെ ജ്ഞാനം സത്വാത്മനഹ തതനുസംസ്മരണാനുപൂർത്തിയ ഭഗവാനെ നിരന്തരം സംസ്മരണം ചെയ്ത് ചിത്തത്തിന്റെ ബഹിർപ്രവൃത്തി ബഹിർവ്യാപാരം മുഴുവൻ നിരോധിക്കപ്പെട്ടതോടുകൂടെ ജ്ഞാനം വിരക്തിമത് അപൂ നിഷിതേനയേന ഏകാഗ്രപ്പെട്ട ചിത്തം ജ്ഞാനമാവുന്ന വാളുപോലെ ആയിത്തീർന്നു എന്നാണ് ജ്ഞാനം നിശിതമായ ജ്ഞാനമുണ്ടായി അവിടെ അതുകൊണ്ട് സംശയപദം ചിച്ഛേദ സകല സംശയങ്ങൾക്കും സകല സന്ദേഹങ്ങൾക്കും മൂലകാരണം എന്താ അഹങ്കാരമാണ് സംശയിക്കുന്ന ഒരാളെ വെച്ചുകൊണ്ടല്ലേ സംശയിക്കുന്നത് രമണ മഹർഷിയോട് അറിഞ്ഞു സംശയം ചോദിച്ചാൽ മഹർഷി തിരിച്ചു ചോദിക്കുക ഈ സംശയിക്കുന്ന ആളാരാ സംശയിക്കണമനെ സംശയിച്ചാൽ സംശയമൊക്കെ അസ്തമിക്കുന്നു പറയും ഞാനാണ് സംശയിക്കുന്നത് ഈ സംശയിക്കണം ഞാനാരാ ഞാനെന്നും ഒരാളുണ്ടെന്ന് ആർക്കെങ്കിലും ഉറക്കത്തിൽ സംശയം വരുമോ ഇല്ല എന്താ ഉറക്കത്തിൽ അഹങ്കാരം ഇല്ല ഞാനില്ല അതുകൊണ്ട് സംശയം എന്ന് വെച്ചാൽ അപ്പൊ ഈ അഹങ്കാരത്തിന്റെ ഒരു ചലനമാണ് സംശയിക്കുന്നവൻ ആര് എന്ന് വിചാരണം ചെയ്താൽ സംശയിക്കുന്ന ഈ ആസാമിയെ കള്ളം ഈ സംശയിക്കുന്നവനെ സംശയിച്ചാൽ സംശയിക്കുന്ന അഹങ്കാരൂപത്തിലുള്ള ജീവബോധം നഷ്ടമായാൽ സംശയങ്ങളൊക്കെ അസ്തമിച്ചു ശിക്ഷേദ സംശയപദം സംശയത്തിനെ മുഴുവൻ വേരോടെ മുറിച്ചു കളഞ്ഞ് നിജ ജീവകോശം ജീവൻ എന്ന് പറയുന്നത് തന്നെ ഈ സംശയത്തിന് മൂലമാണ് അഹങ്കാരമാണ് ജീവഭാവം ഉള്ളത്തോളം സംശയവും ഉണ്ടാവും കർമ്മവാസനയും ഉണ്ടാവും ചിജടഗ്രന്ഥി ഉള്ളിൽ ഭേദിക്കപ്പെട്ടാൽ സംശയവും പോയി കർമ്മവാസനകളും പോയി ഛിന്നയധീരധിഗതാത്മഗതി നിരീഹ തത്യജെ അച്ഛനതിദം വയുനേനയേന വൈകുന്നെന്ന് വെച്ചാൽ ജ്ഞാനം ജ്ഞാനം കൊണ്ട് ഇത് മുഴുവൻ അച്ഛനത് താവന്ന യോഗഗതിഭിം താവന്ന യോഗഗതിഭിർ യതിരാപ്രമത്തോ യാവതാഗതകഥാസുരതിം നുറിയാത്ത് ഭഗവാന്റെ ദിവ്യകഥകളിലും ഈ ജീവന് രതി ഉണ്ടായി ഭക്തി കൊണ്ട് ചിത്തം ശുദ്ധിയായി ജ്ഞാനത്തിന് പക്വപ്പെട്ട് ഈ സംശയത്തിന് മുഴുവൻ മൂലമായ അഹങ്കാരത്തിന് ഇല്ലാതെ ചെയ്ത് ചിത്തം പരിപൂർണ ശാന്തി വരുന്നവരെ ഈ ജീവന് പൂർണ്ണമായ ഒരു സമാധാനം ശാന്തി എന്നുള്ളത് ഉണ്ടാവില്ല ഇവിടെ പൃഥു മഹാരാജാവ് സനത്കുമാര മഹർഷി പറഞ്ഞ രീതിയിൽ യോഗം അഭ്യസിച്ച് ഉയർന്ന യോഗതലത്തിലെത്തി ഏകാന്ത ധ്യാനത്തിൽ ശരീരത്തിന് ഉപേക്ഷിച്ചു അർച്ചിസും കൂടെ ശരീരം ഉപേക്ഷിച്ചു അങ്ങനെ പൃഥുവിന്റെ ദിവ്യമായ ചരിത്രം ആദരവോടുകൂടി ഈ പൃഥുചരിത്രം കേൾക്കുകയാണെങ്കിൽ നമ്മളൊക്കെ ജീവൻമുക്തന്മാരായിട്ട് തീരും എന്നാണ് ഭരണത് അനുദിനമിതമാതരേണ പൃഥുചരിതം പ്രഥയൻ വിമുക്തസംഗ ഭഗവതി ഭവസിതാ സിപുണാം ലഭേരതി ഭഗവാനോട് അപാരമായ ഭക്തി ആ ജീവനെ സിദ്ധിക്കുന്നു ഈ പൃഥുചരിത്രത്തിന് ശേഷം പൃഥുവിന്റെ പുത്രൻ വിജിതാശ്വൻ എന്ന് പേര് ആ വംശമൊക്കെ വർണ്ണിച്ചു കൊണ്ടുവന്നു പ്രചേതസ്സുകൾ ഇതിലെ പ്രചേതസ്സുകൾ ഭഗവാനെ ആരാധിക്കാൻ കാട്ടില് തപസ് ചെയ്യുമ്പോ സാക്ഷാത് ശ്രീരുദ്രൻ ശിവൻ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു തപ്തഹേമികായാഭം ശിതികണ്ഠം ത്രിലോചനം പ്രസാദസുമുഖം വീക്ഷ പ്രണേമുഹു ജാതകൗതുകെ പൊന്നുപോലെ പ്രകാശിച്ചുകൊണ്ട് ശിവൻ അവരുടെ മുമ്പിൽ വന്നു എന്നാണ് തപ്തഹേമികായാഭം ശിതികണ്ഠം ത്രിലോചനം പരമേശ്വരൻ യോഗാദേശം എന്ന പേരിൽ ഭഗവത് സ്തവം യോഗാദേശം എന്നൊക്കെ അതിന് പേര് രുദ്രഗീതം എന്നും പേര് ആ രുദ്രഗീതം എന്നുള്ള പേരിൽ മന്ത്രത്തിനെ ഇവർക്ക് ഉപദേശിച്ചു ആ മന്ത്രോപദേശത്തിൽ ഭഗവാന്റെ ദിവ്യരൂപവും വർണ്ണിച്ചു കൊടുത്തു ഭഗവാനെ സ്തുതിക്കുന്ന രീതിയും വർണ്ണിച്ചു കൊടുത്തു അവസാനം ആത്മവിദ്യയും ഉപദേശിച്ചു കൊടുത്തു ഇങ്ങനെ മൂന്നും കൂടെ ശ്രീരുദ്രഗീതത്തിൽ അടക്കി ശ്രീ ഭഗവാൻ രുദ്രൻ ഉപദേശിച്ചു ഈ പ്രജേതസികളുടെ പിതാവായ പ്രാചീന ബർഹിസ് അദ്ദേഹം ഒരു പ്രജാപതിയാണ് അദ്ദേഹത്തിന് പ്രാചീന ബർഹിസിനും പേര് വരാൻ കാരണം കർമ്മകാന്ഡത്തിൽ അത്യധികം ആസക്തൻ കർമ്മകാന്ഡം വേദം എന്തിനു വിധിച്ചിരിക്കുന്നു വേദത്തിന് നമ്മളെ കർമ്മം ചെയ്യിപ്പിക്കണം എന്നൊന്നും ആഗ്രഹമില്ല ആളുകൾക്ക് ഒന്നിൽ അങ്ങേത്തലയ്ക്ക് പോവും അല്ലെങ്കിൽ ഇങ്ങനെ തലയ്ക്ക് ഒന്നിൽ കർമ്മമൊക്കെ ഉപേക്ഷിക്കും അതെന്താ ഒക്കെ ബ്രഹ്മമാണ് അതിനൊന്നും ചെയ്യേണ്ട കർമാനുഷ്ഠാനം മുഴുവൻ അല്ലെങ്കിൽ അതിലു പോയി പറ്റിപ്പിടിച്ച് കർമാനുഷ്ഠമാണ് സർവസ്വം എന്ന് പറഞ്ഞ് അതിലുപോയി പറ്റിപ്പിടിക്കും ഈ രണ്ടും അപകടമാണ് കർമാനുഷ്ഠാനത്തിന് അതിൻ്റെതായ സ്ഥാനമുണ്ട് കർമാനുഷ്ഠാനം വേദം ഉപദേശിച്ചിരിക്കുന്നത് നമുക്ക് ശരീരം കർമ്മം ചെയ്യാതിരിക്കാൻ പറ്റില്ല ശരീരം തന്നെ പ്രാരബ്ധകർമ്മം ചെയ്യാനായിട്ട് വന്നിരിക്കുന്നു അതിനെ ഒരു നിശ്ചിതമായ വൈദിക കർമ്മങ്ങളിൽ നിർത്തിയിട്ടില്ലെങ്കിൽ അത് നിഷിദ്ധകർമ്മങ്ങളിൽ പോയി വീഴും നിങ്ങളിപ്പോ ജപം അനുഷ്ഠാനം അമ്പലത്തിൽ പോവുക സപ്താഹത്തിന് വരിക ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ വീട്ടിലിരുന്ന് ടി വി കാണും അല്ലെങ്കിൽ നമ്മളെ അടുത്ത് നമ്മൾ വേണ്ടെന്ന് വെച്ചാൽ പോലും വേറെ ആരെങ്കിലും ഒന്ന് എന്തെങ്കിലുമൊക്കെ പറയും എന്തിലെങ്കിലുമൊക്കെ കുപഥത്തിൽ പോവാനുള്ള വഴിയുണ്ട് നിഷിദ്ധ കർമ്മത്തിൽ പോവാനുള്ള വഴിയുണ്ട് എന്തെങ്കിലും പ്രാരബ്ദം പിടിക്കാനുള്ള വഴിയുണ്ട് അതുകൊണ്ട് വേദമാതാവ് കർമാനുഷ്ഠാനത്തിന് വിധിച്ചത് നമുക്ക് ജ്ഞാനത്തിൽ നല്ല നിഷ്ഠ വരുന്നവരെ ഒരു നിഷ്ഠയുണ്ടാവട്ടെ കർമ്മമോക്ഷായ കർമാണീ വിധത്തെ പക്ഷെ ഈ പ്രാചീന പരഹിസ്യൻ എന്തായെന്ന് വെച്ചാൽ അദ്ദേഹത്തെ യാഗം ചെയ്യ യാഗം ചെയ്യ യാഗം ചെയ്യാ യാഗം ചെയ്യാ നാട് മുഴുവൻ ദർഭവരിച്ചു അതുകൊണ്ടാണ് അദ്ദേഹത്തിന് പ്രാചീന പരഹിസ് എന്ന് പേര് വന്നത് യാഗത്തിലൊക്കെ എത്രയോ മൃഗബലിയൊക്കെ കൊടുത്തു ഒരു അജ്ഞാനം കൊണ്ട് ഒരു കൊണ്ട് ചെയ്തതാ അപ്പൊ നാരദ മഹർഷി അവിടെ ആവിർഭവിച്ചു നാരദൻ പറഞ്ഞു ഹേ പ്രാചീന പരഹിസേ താൻ ഇങ്ങോട്ട് വരിക ടെറസിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്നിട്ട് ആകാശത്തിൽ കാണിച്ചു കൊടുത്തു നോക്കൂ കുറേ മൃഗങ്ങൾ ഇതൊക്കെ എന്താ വെച്ചു പ്രാചീന പരിഹസ്യം ഇതൊക്കെ ബലി കൊടുത്ത മൃഗങ്ങളാണ് ഇവരൊക്കെ തന്നെ പ്രതികാരം ചെയ്യാനായിട്ട് കാത്തുകൊണ്ടിരിക്കുന്നുണ്ട് പ്രാചീന പരിഹിസനൽപ്പം ഭയമായി തനിക്ക് ഞാനൊരു കഥ പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് നാരദ മഹർഷി പുരഞ്ജനോപാഖ്യാനം എന്നൊരു കഥ പറഞ്ഞു താത്വികമായ കഥ ഭാഗവതത്തിൽ അങ്ങനെ ഒരുപാട് കഥകളുണ്ട് ചിലത് താത്വികമാണെന്ന് നമുക്ക് അറിയാൻ ചിലത് അറിയില്ല ഇതിപ്പോൾ വ്യക്തമായിട്ട് താത്വികമായ കഥയാണെന്ന് അറിയാം നമുക്ക് പുരഞ്ജനോ വാക്യം എന്ന് പറയുന്ന ഒരാൾ പണ്ട് എവിടെയോ മാനസ സരസിൽ ഹംസമായിരുന്നു അവിടുന്ന് പിരിഞ്ഞ് ഇയാള് പുരഞ്ജനായി ഇറങ്ങി പുറപ്പെട്ടു അയാൾക്ക് പുരഞ്ജനൻ പേര് വരാൻ കാരണം പുരങ്ങളെ ജനിപ്പിക്കുന്ന ആളാണ് പുരഞ്ജന് ഇയാള് ഹിമവത് പാർശ്വത്തിൽ ചെന്നപ്പോൾ ഒരു പട്ടണം കണ്ടു എന്നാണ് ഒമ്പത് ദ്വാരമുള്ള പട്ടണം ആ പട്ടണത്തിൽ അയാൾക്ക് പ്രവേശിക്കാൻ കാരണമോ സുന്ദരിയായ ഒരു സ്ത്രീയെ കണ്ടു ഒരു സർപ്പം അഞ്ചുതലയുള്ള ഒരു പാമ്പതിന് കാവലിരിക്കുന്നത് കണ്ടു ഇങ്ങനെയൊക്കെ പലതും കണ്ട് ആ സ്ത്രീയെ കണ്ടു മോഹിച്ചു ആ സ്ത്രീയോട് സംഘമുണ്ടായി ആ പുരത്തിനകത്തേക്ക് പ്രവേശിച്ചു അതിനകത്ത് കടന്നു വസിച്ചു ആ സ്ത്രീ ചിരിച്ചാൽ ഇയാൾ ചിരിക്കും ആ സ്ത്രീ കരഞ്ഞാൽ ഇയാൾ കരയും ആ സ്ത്രീയുമായി സംഘം വന്ന എല്ലാ ലൗകിക ഭോഗങ്ങളും അനുഭവിച്ചു തന്റെ യഥാർത്ഥ സ്വരൂപം എന്താണെന്ന് പറഞ്ഞു പുരഞ്ജനായിട്ട് മാറി കുറെ കഴിഞ്ഞ് ഒരു രാജാവ് ആക്രമിക്കാൻ വന്നു ആരായ കാലം വാർദ്ധക്യം അവസാനി പുരം വിട്ടു ഈ സ്ത്രീയെ ചിന്തിച്ചുകൊണ്ട് അടുത്ത ജന്മം സ്ത്രീയായിട്ട് ജനിച്ചു വിദർഭരാജകുമാരിയായിട്ട് ജനിച്ചു വേറെ ഒരു രാജകുമാരനെ വിവാഹം കഴിച്ചു അയാള് മരിച്ചപ്പോ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്റെ ഭർത്താവ് പോയിയല്ലോ എന്റെ പ്രാണനാഥൻ പോയിയല്ലോ എന്ന് കരയുമ്പോ പുറകെ ഒരാളെ തട്ടി വിളിച്ചു ഹേ തിരിഞ്ഞു നോക്കുമ്പോ അവ്യക്തമായിട്ട് രൂപം ഒരു ബ്രാഹ്മണൻ അടുത്ത് നിൽക്കുന്നു താൻ എന്തിനാ കരയണേ എന്റെ ഭർത്താവ് മരിച്ചു താൻ ആരാ വിദർഭരാജകുമാരി താൻ വിദർഭരാജകുമാരിയുമല്ല താൻ പുരഞ്ജനനുമല്ല ഈവൻ തന്റെ ഭർത്താവുമല്ല നീ പുരുഷനോ സ്ത്രീയോ അല്ല എന്നെ ഓർമ്മയുണ്ടോ ഓർമ്മയില്ലല്ലോ ഞാൻ നിന്റെ അവ്യക്ത തന്റെ കൂടെ ഉള്ള അവിജ്ഞാത സഖാവാണ് നീ എന്നെ അറിയില്ല പക്ഷെ ഞാൻ തന്റെ കൂടെ എപ്പോഴും ഉണ്ട് നീ ശ്രദ്ധിച്ചിട്ടില്ല അത്രയേ ഉള്ളൂ ഞാനോ നീയോ വേറെയല്ല തിരുമേനി ഇന്നാണ് തിരുമേനിക്ക് ഒഴിവ് കിട്ടിയത് ശബരിമലയിലായിരുന്നു തിരുമേനി ഇപ്പൊ വന്നിട്ടുണ്ട് ഞാൻ ഈ പുരിഞ്ചനോ ബാക്കിയാൻ അല്പം പറഞ്ഞിട്ട് തിരുമേനിയോട് നമ്മളൊന്ന് നാല് കുറച്ച് എന്തെങ്കിലും പറഞ്ഞ് അന്ന് ഒന്ന് അനുഗ്രഹിക്കാൻ പ്രാർത്ഥിക്കാണ് ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ സാധുക്കൾ ആയിട്ടുള്ള സംഗം അതാണ് ഭാഗവതം അവിജ്ഞാത സഖാവായ ഭഗവാൻ ഈ പുരഞ്ജനോട് പറഞ്ഞു നീയും ഞാനും വേറെയല്ല നനോ പശ്യന്തി കവയഹ ഛിദ്രം ജാതു അല്പം പോലും നമുക്ക് രണ്ടുപേർക്കും തമ്മിൽ ഒരു ഛിദ്രം ഒരു ഭേദം അല്പം പോലും ഒരു ഭേദം മഹാത്മാക്കൾ കാണുന്നില്ല नी पुंजनो विदर्भराजकुमरियों अल वेरयला नी वेरला नम विदर्भदुखिताव न पति स्वरंजनुद्धो नव मुखेयया माया शेषा मा सृष्टा युवांसं स्त्रि सती मनसे नोभय यद हंसो पश्यागति अहं भवान् न चान्यस्तवाहं विचक्ष നനൗ പശ്യന്തികയഹാ ഛിദ്രം ജാതു മനാഗപി ഞാൻ വേറെയല്ല നീ വേറെയല്ല ഞാൻ തന്നെ നീ നീ തന്നെ ഞാൻ യാതൊരു ഭേദവും എന്ന തത്വത്തിനെ ഉപദേശിച്ച് ഭഗവാൻ തന്നെ സദ്ഗുരു രൂപത്തിൽ അവിജ്ഞാത സഖാവായി കൂടെയുള്ള ഭഗവാൻ തന്നെ മുമ്പിൽ ആവിർഭവിച്ചു ഉപദേശിച്ചു ഇതിനുശേഷം ഈ പുരഞ്ജനോപാഖ്യാനത്തിന്റെ തത്വത്തിനെ പ്രാചീന ബ്രഹ്യസന ബുദ്ധി വന്ദിച്ചു പോയിരിക്കുന്നു എന്താന്ന് വെച്ചാൽ ഈ കർമ്മത്തിൽ പുറമേക്ക് ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് ഇയാൾക്ക് സൂക്ഷ്മകാര്യം മനസ്സിലാക്കാൻ വയ്യാതായിരിക്കണം അപ്പോൾ പ്രാചീന ബർഹീസ് പറഞ്ഞു അങ്ങ് പറഞ്ഞതൊന്നും ഋഷികളൊക്കെ മനസ്സിലാക്കുമായിരിക്കാം പക്ഷേ എനിക്കൊന്നും പിടികിട്ടിയില്ല അതിൻ്റെ അർത്ഥമൊന്നും പറഞ്ഞു വരുമെന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ അർത്ഥമൊക്കെ നാരദൻ വർണ്ണിച്ചു കൊടുത്തിട്ട് പ്രാചീന ബരഹീസിനോട് പറഞ്ഞു ഹേ പ്രജാപതേ അതുകൊണ്ട് തസ്മാത് കർമ്മസുബരഹീഷ്മൻ अज्ञाना अर्थकाशिषु वा अर्थदृष्टिताहाोत्रस्पर्शिष्व अस्पृष्टस्तुषु स्व लोकम विदुष्टेव योजना वेद वर्म प्रधानमर कगवाने अव बुद्धि पग क्राप्ति वेद त्यम भगवत्व वेद त्यम ഭക്തിയാണ് വേദത്തിന്റെ ലക്ഷ്യം എന്ന് അറിഞ്ഞുകൊണ്ട് വേണം വേദ കർമ്മകാണ്ഡത്തിലൊക്കെ പ്രവർത്തിക്കാൻ ശ്രീ പരമേശ്വര പ്രീത്യർത്ഥം അചഞ്ചല നിഷ്കപട ഭക്തി സിദ്ധ്യർത്ഥം എന്നുള്ള ഭാവം ഉണ്ടാവണം അല്ലെങ്കിൽ യാമിമാം പുഷ്പിതാം വാചം പ്രവതന്തി അഭിഭിത ഭഗവാൻ തന്നെ ഗീതയിൽ പറഞ്ഞു പൂ ഫലി ഫലമില്ലാതെ വെറും പൂക്കുന്ന ചെടി പോലെയാണെന്നാണ് അതിൽ പുഷ്പം മാത്രം ഉണ്ടാവും ഫലം കിട്ടില്ല അതുകൊണ്ട് വേദത്തിൽ പ്രവർത്തിക്കുമ്പോഴും ഈ പ്രാചീന പരഹ്യസിന്റെ ഉപാഖ്യാനം ഓർമ്മ വേണമെന്ന് ഭക്തി നമുക്ക് മുഖ്യമായ ലക്ഷ്യമായി വെച്ചുകൊണ്ടുവേണം കർമ്മകാണ്ടത്തിലും പ്രവർത്തിക്കാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇപ്പോ നമ്മൾ അനുഗ്രഹിക്കാനായിട്ട് അഞ്ഞൻ തിരുമേനി ഇവിടെ വന്നിട്ടുണ്ട് തിരുമേനി ഒരു കുറച്ചു നേരത്തേക്ക് നമുക്ക് എന്തെങ്കിലും പറഞ്ഞു തന്ന അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിക്കുകയാണ് സർവത്ര പീതരം കരവിരാജിതക്രശംഘകൗമോദി സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദസം വാതയേഷം പ്രതിഭാവയാമി മോകരോരിവാതാലം പങ്കും ലംഘയതേ ഗിരിം യക്രവാപ്തമഹം വന്ദേ പരമാനന്ദമാധവം ഗുരുവായുരപാസം ഹരേ നാരായണ ഗൃണാഥ സക്ഷാൽ ഗുരുവായുരപ്പന്റെ അനുഗ്രഹത്താൽ നമ്മളെപ്പോലെ ഓരോരോ നാളുകളിൽ പോയി പല വിധത്തിലുള്ളതായിരിക്കുന്ന ക്ലേശങ്ങളും പല ഓരോരോ വർത്തമാനങ്ങളും പറഞ്ഞ് ജീവിതം നയിക്കുന്ന ആളുകളെ ഗുരുവായൂരപ്പന്റെ സന്നിധാനത്തിലേക്ക് എത്തിച്ച് ഭാഗവതം കേൾപ്പിക്കാൻ വേണ്ടി ഗുരുവായൂരപ്പൻ തന്നെ നച്ചൂർ വെങ്കിട്ടരാമന്റെ രൂപത്തിൽ ഈ ഗുരുവായൂരപ്പന്റെ സന്നിധാനത്തിൽ എഴുന്നള്ളിയിരിക്കാണ് അവിടുത്തെ പോലെ ഇത്രയും ഭാഗവതത്തിന്റെ സാരം അതുപോലെ തന്നെ ഭക്തന്മാരുടെ മഠിമാം ഇതറിയുന്ന ഒരാള് ഇന്ന് ലോകത്തിലില്ല ഇത്രയും ആ ഒരു സ്നേഹം ഭക്തവാത്സല്യം വെങ്കിട്ടാമനെ പോലെ മറ്റൊരാൾക്ക് ഇല്ല അതാണ് നമുക്കിന്ന് ഇവിടെ വന്നപ്പോൾ അനുഭവിക്കാൻ സാധിച്ചൊരു ഭാഗ്യം ഇന്നലെ കുട്ടിയവർ പോയി പെരുമാളയെ തൊഴുതുവന്നു രാത്രി ഒരു മണിക്കാണ് എത്തിയത് മിനിയാണ് ശബരിമല പോയി അയ്യപ്പനെ ധരിശിച്ച് മടങ്ങി വരാൻ സാധിച്ചു അതാണ് ഇതിന് മുമ്പ് ഇവിടെ എത്താൻ സാധിച്ചില്ല ഇന്ന് രാവിലെ യുവാരപ്പനെ തൊഴുതു അത് ഈ മഹാത്മാവിന്റെ ഭാഗവത സപ്താഹയജ്ഞത്തിലൊന്ന് പങ്കെടുക്കണം എന്നുള്ള ആ ഉദ്ദേശത്തോട് കൂടി ഇവടെ ഗുരുവായൂരപ്പൻ ഈയുള്ളവനെ എത്തിച്ചിരിക്കുകയാണ് ഇത് ഗുരുവായൂരപ്പന്റെ കാരുണ്യമാണ് നെച്ചോർ വെങ്കിട്ടരാമന്റെ ഇവനോടുള്ള ആ ഒരു സ്നേഹവാത്സല്യമാണ് ഇതിനെക്കുറിച്ച് എന്താ നമുക്കൊന്ന് പറയാനുള്ളത് ഭക്തന്മാർക്ക് നമ്മളുടെ പേരിൽ സ്നേഹം ഉണ്ടാവ എന്ന് വെച്ചാൽ ജീവിതത്തില് ഏറ്റവും വലുതായിരിക്കുന്ന ഒരനുഗ്രഹമാണ് ഈ ഗുരുവായൂരപ്പന്റെ ഇങ്ങനെയുള്ള മഹാത്മാക്കളുടെ അനുഗ്രഹമല്ലേ ഗുരോരനുഗ്രഹേണൈവ പുമാൻ പൂർണ്ണ പ്രശാന്ത ഗുരുനാഥന്റെ അനുഗ്രഹമാണ് മുഴുവന് പരമസമാധി സമാധാന രീതി നയിക്കാൻ സന്ദർഭം കിട്ടുന്നത് അതാണ് ഈ നാട്ടുകാർക്ക് ഇവിടെയുള്ള ആളുകൾക്ക് മുഴുവൻ എത്രയോ നിഖിൽ നിന്ന് ഭക്തന്മാർ എന്തെല്ലാം ജോലിയുണ്ടെങ്കിലും അതൊക്കെ നിർത്തിവച്ച് ഗുരുവായൂരപ്പനെ ധരിശിച്ച് ഈ നെച്ചൂർ വെങ്കിട്ടരാമന്റെ സപ്താഹം കേൾക്കാൻ വേണ്ടി ഇവിടേക്ക് ആകർഷിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ് കാരണം ഗുരുവായൂരപ്പന്റെ സന്നിധാനത്തിൽ വച്ച് കേൾക്കുമ്പോൾ അതും ഇങ്ങനെയുള്ള മഹാത്മാക്കളുടെ തിരുമുഖ കമലത്തിൽ കൂടി ഒഴുകുന്ന ഭാഗവത ഗംഗയെ ആസ്വദിക്കാൻ സാധിക്കലുമാണ് നമ്മളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യം ഭാഗ്യം എന്ന് പറയുന്നു ഈ ഉള്ളവന് ഇത് കിട്ടിയത് ഈ മഹാത്മാവിൻ്റെ അതുപോലെ തന്നെ തിരുനാമാചാര്യന്റെ നമ നമുക്കൊക്കെ ആദ്യ കാലത്തിൽ ാമം ജപിക്കാനും ഭാഗവതം കീർത്തിക്കാനും കേൾക്കാനുമുള്ള അനുഗ്രഹം നൽകിയ തിരുനാമ ആചാര്യനാണ് ആചാര്യന്റെ കാരുണ്യമാണ് നമുക്കില്ല ഇന്നത്തെ ഈ സുദിനത്തിൽ അവിടുത്തെ സന്നിധാനത്തിൽ നടക്കുന്ന വലിയൊരു സത്വമാണ് ഭാഗവത സത്ര സത്വം പല ദിക്കലും ഇപ്പോൾ ആളുകൾ നടത്തുന്നുണ്ട് അത് ഗുരുവായൂരപ്പന്റെ സന്നിധാനത്തിൽ അവിടുത്തെ തിരുനടയിൽ വെച്ചാണ് നമുക്ക് നടത്താനായിക്കൊണ്ടുള്ള ഭാഗ്യം സിദ്ധിച്ചു കഴിഞ്ഞിരിക്കുന്നത് ഇതിലും വലിയൊരു ഭാഗ്യണ്ടോ ഭാഗം കേൾക്കാനും സാധിക്കുന്നതിനേക്കാൾ നാമം ജപിക്കാനും സാധിക്കുന്നതിനേക്കാൾ അങ്ങനെയുള്ള ആ സപ്താഹത്തിൽ പുരഞ്ജനോപാഖ്യാനം ഇവിടെ വന്നിട്ടു എന്താ പുരഞ്ജനോപാഖ്യാനം കൊണ്ട് കാണിക്കുന്നത് നമുക്കെല്ലാം ഭഗവത്പാദത്തിലെത്താൻ സജ്ജനങ്ങളുടെ അനുഗ്രഹമാണ് ഇങ്ങനെയുള്ള മഹാത്മാക്കളുടെ ഉപദേശമാണ് എന്നാണ് ഇതുകൊണ്ടൊക്കെ നമുക്ക് കാണിക്കുന്നത് ഭാഗവതത്തിലെ ഏത് ഭാഗം എടുത്തു നോക്കിയാലും നമ്മളെയൊക്കെ ഭഗവത്പാദത്തിൽ എത്തിക്കാൻ ഉള്ള മാർഗം അത് ഇങ്ങനെയുള്ള മഹാത്മാക്കളുടെ തിരുമുഖ സമരത്തിൽ കൂടി ഒഴുകുന്നത് കേൾക്കുമ്പോൾ ഈ ഇവിടെ വന്നിരുന്ന രണ്ടു വാക്ക് പറഞ്ഞാൽ ആ ആനന്ദത്തിനൊരു വിഘ്നമായി തീരോ എന്നുകൂടി ഭയം തോന്നണ്ട് എന്താ ഇങ്ങനെ ഒരു മഹാത്മാവിന് ലോകം മുഴുവൻ ഭാഗവതം നാരായണീയം ഗുരുവായൂരപ്പന്റെ മഹിമയും വർണ്ണിച്ചുകൊണ്ട് നടക്കുന്ന ഒരു മഹാത്മാവിന്ന് ലോകത്തിൽ വേറിയില്ല എത്ര എത്ര ആളുകളാണ് ഗുരുവായൂരപ്പന്റെ സന്നിധാനത്തിൽ നടക്കുന്ന സപ്താഹയജ്ഞത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഇവിടെ കെഴുന്നള്ളിയിരിക്കുന്നത് എന്ന് പറയാൻ സാധ്യമല്ല അത്ഭുതം തോന്നി ഇവിടെ വന്നപ്പോൾ ഇങ്ങനൊ ഭാഗവതത്തിൻ്റെ പേരിലുള്ള ഒരു വാത്സല്യം സ്നേഹം വേറെ ഒരു ലിക്കലും പോയി അത് കാണില്ല ശ്രീ ഗുരുവായൂരപ്പന്റെ സന്നിധാനത്തിൽ തന്നെ സപ്തായജ്ഞം അനേകം നടക്കുന്നുണ്ട് അതുപോലെയല്ല ഇവിടെ വന്നപ്പോഴുണ്ടായിട്ടുള്ള ഒരു ആനന്ദം ഒരു അനുഭൂതി ഒന്ന് വേറെയാ അങ്ങനെയുള്ള അനുഭൂതിയിലേക്ക് ഇതാ ഇന്ന് നമ്മളെ എത്തിച്ചിരിക്കുക കേട്ടാണ് അദ്ദേഹത്തിനെ കുറിച്ച് എന്താ പറയേണ്ടത് എനിക്കറിയില്ല എവിടെ പോയാലും നെച്ചൂർ വെങ്കിട്ടരാമന്റെ ഭാഗവത സത്തായജ്ഞത്തിന്റെ മഹിമയാണ് ഭക്തന്മാര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം ഭാഗവതത്തിന്റെ മഹിമ അദ്ദേഹത്തിന്റെ വാക്ചാതുര്യം അതുപോലെ തന്നെ ഭാഗവതത്തിലുള്ള വിശ്വാസം ഇതാണ് നമ്മളൊക്കെ എത്രയോ ദൂരത്തിൽ കിടക്കുന്ന ആളുകളെ ഇവിടെ എത്തിക്കാനായിക്കൊണ്ടുള്ള കാരണം ഇതിൻ്റെയൊക്കെ ഗുരുവായൂരപ്പൻ നൽകിയ അനുഗ്രഹത്തിന്റെ വില നമുക്കൊന്നും പറയാനായിക്കൊണ്ട് സാധ്യമല്ല ഭാഗവതത്തില് ഏത് ഭാഗം നമ്മൾ നോക്കിയാലും ഈ ഗുരുവായൂരപ്പനെ ആശ്രയിക്കൂ ചാരത്തോ ദൂരത്തോ നൂറായിരന്നായിര ദൂരത്തോ ജിട വെച്ച് ഹൃദയം മുട്ടി ഗുരുവായൂരപ്പ എന്ന് വിളിച്ചാൽ ഏ എന്ന് വിളികേട്ട് ോടിയെത്തുന്നൊരു കരുണാവാരിധിയാണ് നമ്മുടെ ഗുരുവായൂരപ്പൻ സംശയണ്ടോ വിളിച്ചു നോക്കൂ വിളിച്ചാൽ വിളിപ്പുറത്ത് വിളി കേട്ട് ഓടിയെത്തുന്ന ഒരാള് ഗുരുവായൂരപ്പനെ പോലെ ഇന്ന് ലോകത്തിൽ വേറെ ഒരാളില്ല അങ്ങനെയുള്ള അവിടുത്തെ സന്നിധാനത്തിലാണ് ഈ ഭാഗവത സപ്താഹ യജ്ഞം ഈ മഹാത്മാവിനെ കൊണ്ട് ഗുരുവായൂരപ്പൻ നടത്തിപ്പിച്ച് നമ്മളെയൊക്കെ ആനന്ദ സാഗരത്തിൽ ആരാധിപ്പിക്കുകയാണ് അതിന് നമുക്കൊക്കെ ഇന്ന് പങ്കുകൊള്ളാൻ സാധിച്ചു പിന്നലെയാണെങ്കിൽ ഈ സമയത്ത് പറ്റില്ല പൊട്ടിയവരായിരുന്നു ഇന്ന് അതിന് ഭാഗത്തില് ഇവിടെ എത്തിച്ചു ഇതിന്റെയൊക്കെ ഫലം എന്താണ് നാരായണാക്ഷരം പുണ്യം ജിഹ്വാഗ്രേയസ്ത നാരായണസ്തമന്വേദി വത്സംഗ ഉരുവത്സര നാരായണ അക്ഷരം പുണ്യം നാരായണ എന്നുള്ളതായിരിക്കുന്ന അക്ഷരമുണ്ട് അക്ഷരം എന്ന് വെച്ചാൽ ക്ഷരം ഇല്ലാത്തത് നാശമില്ലാത്തത് സകല വസ്തുക്കളും സകല ആളുകൾക്ക് നാശമുണ്ടെങ്കിലും ഒരു കാലത്ത് നശിക്കാത്തൊരു വസ്തു ഉണ്ടെങ്കിൽ അത് നാരായണ എന്നുള്ള തിരുനാമമാണ് ആ നാമം കീർത്തിച്ചോളൂ പുണ്യം അത് പുണ്യമില്ലെങ്കിൽ സാധിക്കില്ലാണത് ഇപ്പൊ നമുക്കൊക്കെ ഈ സപ്താഹ യജ്ഞത്തിൽ നൂറായിരം നാഴിക ദൂരത്ത് പല ജോലികളും ഉള്ള ആളുകളെ അതൊക്കെ നിർത്തി ഇവിടെ വെച്ച് നടക്കുന്ന ഈ സപ്താഹത്തിൽ യജ്ഞത്തിൽ പങ്കെടുപ്പിച്ചത് ഗുരുവായൂരപ്പന്റെ അനുഗ്രഹമാണ് അതാണ് നാരായണാക്ഷരം പുണ്യം പുണ്യമില്ലെങ്കിൽ സാധ്യമല്ല നമുക്കൊക്കെ പുണ്യം ഉണ്ടാക്കി തരാണ് ഈ മഹാത്മാവ് ഇന്ന് ചെയ്ത് കഴിഞ്ഞ കഴിഞ്ഞിരിക്കുന്നത് ഈ നെച്ചൂർ വെങ്കിട്ടരാമനെ പോലുള്ള മഹാത്മാക്കൾ ലോകത്തിലുള്ള സകല ജനങ്ങളെയും നമ്മളെ കൂടി ഗുരുവായൂരപ്പന്റെ വാദത്തിലേക്ക് എത്തിക്കാണ് ചെയ്യുന്നത് കാരണം നാരായണാക്ഷരം പുണ്യം ജിഹ്വാഗ്രേയസ്യവർത്തത യാതകാരുടെ നാവിന്റെ തലുപ്പത്താണോ നിരന്തരമായിട്ട് നാരായണാം നാരായണാം ാരായണായന്ന് കീർത്തിക്കുമ നാരായണസ്തമന്വേദി വത്സം ഗൗരിവത്സര അഖില തരാതര സ്വരൂപിയായിരിക്കുന്ന ഗുരുവായൂരപ്പൻ നമ്മളെ കാത്തു രക്ഷിക്കണോ നമ്മളെ പിന്നാലെയുണ്ടാവും ഏത് നിമിഷത്തിൽ എവിടെ വെച്ച് വിളിച്ചാലും ഏ എന്ന് വിളി കേട്ട് ഓടിയെത്തുന്ന ഒരാളാണ് ഗുരുവായൂരപ്പൻ അതാണ് അവിടുത്തെ വിളിച്ചു നോക്കൂ വെറുതെ പറയല്ല ഏത് നിമിഷത്തിലും നമ്മളുടെ മുമ്പിൽ ഓടിയെത്തുന്നൊരു മഹാത്മാവ് ഒരു ഈശ്വരൻ ഗുരുവായൂരപ്പൻ മാത്രമാണ് ഒരാളൊന്നും സംശയിക്കേണ്ട ഗുരുവായൂരപ്പനേക്കാൾ ഉപരിയായിട്ട് ഇന്ന് ലോകത്തിലൊരാളില്ല അവിടുത്തെ തിരുനാമത്തേക്കാൾ ഉപരിയായിട്ടുള്ള ഒരു മന്ത്രം ഇന്ന് ലോകത്തിലില്ല കാരണം ഈ തിരുനാമം നാരായണ എന്നുള്ള നാലക്ഷരം സകല ജനങ്ങൾക്കും ജാതി മതഭേദം എന്നേ ആ ബാലവൃദ്ധനങ്ങൾക്കും ഒരുപോലെ കീർത്തിക്കാമെന്നുള്ളതായിട്ടുള്ള ഒരു മന്ത്രം വേറെ ഇല്ല ആ മന്ത്രത്തെയാണ് ഗുരുവായൂരപ്പൻ തന്റെ തിരുനടയിൽ വച്ച് കൊല്ലന്തോളം ഓരോരോ മഹാത്മാക്കളെ കൊണ്ട് നടത്തിപ്പിക്കുന്നു ഇത്തവണ നെച്ചൂർ വെങ്കടരാമനെ കൊണ്ടാണ് അവിടുന്ന് നടത്തിപ്പിക്കാൻ തീർച്ചയാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ ഈ മഹാത്മാവിനെ നമുക്ക് ഇവിടെ കിട്ടും ഇവിടെ എത്രയെത്ര മഹാത്മാക്കൾ വരണുണ്ട് ഈ പുണ്യസ്ഥല എത്ര എത്ര എത്ര ആളുകൾ ഭാഗവതം നാരായണീയം പല പുരാണങ്ങളും കീർത്തിച്ച് ഗുരുവായൂരുള്ള നമ്മളെപ്പോലെയുള്ള ആളുകളെയൊക്കെ അനുഗ്രഹിക്കണം അതാണ് ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ സ്വന്തമായിട്ടിരിക്കുകയാണെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ല അങ്ങനെ പോരാ സകല ദിക്കിൽ നിന്നും ആളുകളെ ക്ഷണിച്ചു വരുത്തി അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തുകൊടുത്ത് നമ്മളെ ഭാഗവത ഗംഗയിൽ ആറാടിക്കുകയാണ് ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത് അതാണ് നാരായണാക്ഷരം പുണ്യം ദിഹ്വാഗ്രേയസ് വർത്തത യാതൊരാളുടെ നാവിന്യത അല്പത്താണോ നിരന്തരമായിട്ട് നാരായണയെന്ന് കീർത്തിക്കുന്നത് നാരായണസ്ഥമന്വേദി ത്സംഗ ഊരി വത്സരം അഖിലചരാചരസ്വപിയായിരിക്കുന്ന ഒരു വായുരപ്പൻ ആ ജീവന്റെ പിന്നാലെ അനുഗമിക്കുന്നു വത്സംഗൂരി നമ്മളുടെ പിന്നാലെ അനുഗമിക്കുന്നുണ്ട് എങ്ങനെയാണോ ആ പശു പ്രസവിച്ചു കഴിഞ്ഞാൽ തന്റെ കുട്ടി എവിടെയെങ്കിലും ഓടിപ്പോയി വല്ല കൊണ്ടിലോ വീണാലോ എന്ന് വിചാരിച്ച് പിന്നാലെ അനുഗമിക്കുന്നു ഇതുപോലെ ഗുരുവായൂരപ്പന്റെ തിരുനാമം കീർത്തിക്കുന്ന ആളുകളെ പിന്നാലെ ഗുരുവായൂരപ്പൻ അനുഗമിക്കണോ സംശയമില്ല നമുക്കിന്ന് ഒരു വിധത്തിലുള്ള ആപത്തുകളും കഷ്ടപ്പാടുകളും അനുഭവിക്കാതെ ജീവിക്കാൻ സാധിക്കുന്നത് ഗുരുവായൂരപ്പന്റെ അനുഗ്രഹമാണെന്ന് ആ അനുഗ്രഹം നമുക്ക് എന്നും ഉണ്ടാവണം അതിനുള്ളൊരു വഴിയാണ് നെച്ചൂർ വെങ്കിട്ടരാമൻ നമുക്കൊക്കെ ഇവിടെ വെച്ച് സപ്താഹയജ്ഞ രൂപേണ നൽകിക്കഴിഞ്ഞിരിക്കുന്നത് അവിടുത്തെ കാരുണ്യല്ലേ ഇവിടൊക്കെ എന്തൊക്കെ പ്രവൃത്തികളുണ്ടെങ്കിലും ഗുരുവായൂരക്കാരെ അല്ലെങ്കിൽ ഗുരുവായൂരപ്പന്റെ സന്നിധാനത്തിൽ വെച്ച് ഭാഗവത സപ്തായജ്ഞം കീർത്തിപ്പിച്ച് ആനന്ദസാഗരത്തിൽ ആറാടിക്കണം എന്നുള്ള നിലയ്ക്കല്ലേ ഇവിടെ ഇതാ ഈ വരുഷവും എത്തിക്കഴിഞ്ഞിരിക്കുന്നു അങ്ങനെയുള്ള ഈ ഒരു മഹായജ്ഞത്തിൽ ഈ ഉള്ളവരെ ഇന്ന് പങ്കെടുക്കാൻ സാധിച്ചു രണ്ടു ദിവസം മുമ്പേ ശബരിമല കൊട്ടിയൂര ഇങ്ങനെയൊക്കെയുള്ള ദിവസം ഇന്നലെ രാത്രി രണ്ടു മണിക്കാണ് തിരിച്ചു വന്നത് അങ്ങനെ വന്ന സമയത്തെങ്കിൽ ഇന്ന് രാവിലെ തന്നെ സപ്തായജ്ഞത്തിന് വരണം എന്നുള്ള വാക്ക് കേട്ടപ്പോൾ ഗുരുവായൂരപ്പന്റെ നെച്ചൂർ വെങ്കിട്ടരാമന്റെ ഈയുള്ളവന്റെ പേരിലുള്ള ഒരു സ്നേഹം അനുഗ്രഹം വാത്സല്യം അതിനെക്കുറിച്ച് നമുക്കൊന്നും പറയാൻ സാധ്യമല്ല ഇതൊക്കെ ഗുരുവായൂരപ്പനാണ് നമുക്കൊക്കെ നൽകുന്നത് അപ്പൊ ഇതാ ഈ പുണ്യസ്ഥലത്ത് വെച്ച് ഇവിടെ കൊല്ലം തോറും ഓരോരുത്തർ സപ്താഹായിട്ടും പല സൽക്രമങ്ങളായിട്ടും നടക്കുന്നുണ്ട് അതെന്താ ഗുരുവായൂരപ്പന് നമ്മളുടെ പേരിലുള്ള ആ സ്നേഹം അനുഗ്രഹമാണ് അതുപോലെ എത്ര എത്ര ദിക്കിൽ നിന്നാണ് ഇവിടെയുള്ള ആളുകളേക്കാൾ വളരെ വളരെ കൂടുതൽ പുറം ദേശത്തിൽ നിന്ന് ഈ സപ്താ യജ്ഞം കേൾക്കാൻ വേണ്ടി ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഗുരുവായൂരപ്പന്റെ വാത്സല്യമാണ് നമ്മളുടെ പേരിലുള്ള അനുഗ്രഹമാണ് ഈ അനുഗ്രഹമാണ് നമ്മൾ ഇന്ന് മാത്രമല്ല എന്നെന്നും ഗുരുവായൂർ നില നിർത്തേണ്ടതാണ് എന്തൊക്കെ തിരക്കുണ്ടെങ്കിലും എത്രയൊക്കെ ക്ലേശങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും നമ്മളെ കൂട്ടി കൊണ്ടുവന്ന് ഈ സ്വത്തായജ്ഞത്തിൽ പങ്കെടുപ്പിച്ച് ഇന്നല പുരന്തിനോപാഖ്യാനം എന്നുള്ള ആത്മതത്വത്തെ കേൾപ്പിച്ചു ഇനി ഇവിടെ ഞങ്ങളുടെ അങ്ങോട്ട് പല ചരിത്രങ്ങളും വർണ്ണിക്കാൻ പോണുണ്ട് രാമോക്ഷന്റെ നാമത്തിന്റെ മഹിമ ഇങ്ങനെയുള്ള ചരിത്രങ്ങളൊക്കെ വർണ്ണിക്കാനായിക്കൊണ്ട് പോവാണ് അങ്ങനെയുള്ള ആ ചരിത്രങ്ങളൊക്കെ കേട്ട കൂടുതൽ കൂടുതൽ വിശ്വാസത്തോടുകൂടി ഇങ്ങനെയുള്ള മഹാത്മാക്കളെ കാണാനും അവരുടെ തിരുമുഖകമയത്തിൽ കൂടി ഒഴുകുന്ന ഭാഗവതം കേൾക്കാനായിക്കൊണ്ടുള്ള ഭാഗ്യം ഗുരുനാഥ ഗുരുവായൂരപ്പ അടിയങ്ങൾക്ക് എല്ലാവർക്കും നൽകണേ കൂടുതൽ കൂടുതൽ ഭാഗവതത്തെ വിശ്വാസം ഗുരുവായൂരപ്പനെ വിട്ട് ഭാഗവതം വിട്ട് മറ്റൊന്നും വേണ്ട എന്നുള്ളതായിരിക്കുന്ന ആ ഒരു ബോധം അടിയങ്ങൾക്കൊക്കെ ഉണ്ടാക്കിത്തരണേ കൂടുതൽ കൂടുതൽ വിശ്വാസത്തോടുകൂടി ഇങ്ങനെയുള്ള മഹാത്മാക്കളെ ഭാഗവതം കേൾക്കാനുള്ളൊരു ഭാഗ്യവും ഇത്രയും മഹാത്മാക്കളെ ഈ ഗുരുവായൂരപ്പന്റെ സന്നിധാനത്തിൽ കാണാൻ വളരെ പ്രയാസമാണ് സപ്താഹ യജ്ഞത്തെ അടുത്തൊക്കെ സപ്താഹം നടക്കുമ്പോൾ ഒരു നാലോ അഞ്ചോ ആള് അല്ലെങ്കിൽ എട്ടോ പത്തോ ആള് ഇത്രയോ ഉണ്ടാവുള്ളൂ ഇവിടെ വന്നപ്പോൾ അത്ഭ്രം തോന്നി ഇല്ല ഗംഗാതീരത്തിലോ വേറെ എവിടെയെങ്കിലും പോയാൽ തന്നെ ഇത്ര ആളുകളെ കാണുമോ ആ സകല ഗംഗാതീരത്തിന്റെയും ഒരു തീരമായിട്ടാണ് ഗുരുവായൂരപ്പന്റെ സന്നിധാനം എന്ന് വിനീ തിളങ്ങും അങ്ങനെയുള്ള ഈ സന്നിധാനത്തിൽ വെച്ച് ഇത്രയും കേൾക്കാനും ഇത്രയും ഇങ്ങനെയുള്ള മഹാത്മാക്കളുടെ അനുഗ്രഹം സംവാദിക്കാനും ഇതിനുവേണ്ടി എത്രയെത്ര ആളുകൾ രാവും പകലമില്ലാതെ കൊണ്ട് അധ്വാനിക്കുന്നു അവരുടെ ആ ശ്രദ്ധ കൊണ്ടും കാരുണ്യം കൊണ്ടുമാണ് ഇനിതാ ഈ ഉള്ളവന് വരാൻ സാധിച്ചത് ഇതിൽ പങ്കെടുക്കാൻ സാധിച്ചത് രണ്ട് വാക്ക് ഭാഗവതത്തയെക്കുറിച്ച് നാമഞ്ചത്തയെക്കുറിച്ച് ഭക്തന്മാരെയെക്കുറിച്ച് അരുളി ചെയ്യാൻ സാധിച്ചതും ഇങ്ങനെയുള്ളൊരു മഹാഭാഗ്യം ഈയുള്ളവന് ഇവിടെയായാലും എവിടെയായാലും നൽകണേ ഒരു ആയിരപാഠ് അതിനുവേണ്ടി അവിടുത്തെ പാദത്തില് ഇവിടെ കൂടിയ ഇത്രയും ഭക്തന്മാരുടെ മുഴുവൻ പാതരേണുക്കളില് അഴിയനിതാ നമസ്കരിക്കണേ അനുഗ്രഹിക്കണേ എന്നെന്നും ഭാഗവത ഗംഗയിലാറാടിക്കൊണ്ടും തിരുനാമയവനയിലാറാടിക്കൊണ്ടും ജീവിതം നയിക്കാൻ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ച് നമസ്കരിക്കുന്ന ഓരോരുത്തരുടെ ശിലസ് ശ്രീ മുഴുവായൂരപ്പന്റെ ശീതളമായിരിക്കുന്ന തെക്കയ്യ വെച്ച് അനുഗ്രഹിക്കുന്നു ഇനിയും ഇങ്ങനെയുള്ള സപ്തായ ജ്ഞാതികൾ കിടക്കാനുള്ള ഭാഗ്യം അടിയങ്ങളൊക്കെ എല്ലാവർക്കും നൽകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടുകയും മഹാത്മാവിന്റെ വാദത്തിൽ നമസ്കരിച്ചോളൂ നമുക്കൊ അനുഗ്രഹം എന്നും എന്നും ഗുരുവായൂരപ്പനും ഇങ്ങനെയുള്ള മഹാത്മാക്കളും നരകാതെ കണ്ടിരിക്കില്ല അത് നമുക്കെല്ലാവർക്കും അനുഭവപ്പെടുത്തി തരട്ടെ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ